കേദ്യം സാക്ഷ്യം പറയാം കുറച്ചു നാളായിട്ട് ഞാൻ നാടനയും കഴുത്തുവേന ഒക്കെ ആയിട്ട് കൈവേനയും കാലുവിനൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നല്ലോ അപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച പകുതി ആയപ്പോഴത്തേക്കും തീരെ കിടപ്പായി തീരെ കിടപ്പായി എഴുതിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു അതിന്റെ കാര്യം മെയിൻ ആയിട്ടും നടുവിന് പ്രശ്നമുണ്ട് പക്ഷെ അത് നടുവിന്റെ നീര് ഇരുന്നുള്ള ജോലിയുടെ പ്രശ്നമാണ് പക്ഷെ കഴുത്ത് വേദന മാത്രല്ല കഴുത്തിന്ന് ഈ വേദന കൈയ്യിലോട്ടും കാലിലോട്ടും ഒക്കെ വന്നിട്ട് നമുക്ക് ഈ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ വിരലിനൊക്കെ ഭയങ്കര വേദനയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കൈ ഇല്ലാത്ത പോലെ തോന്നും ഒരു കൈ അനക്കാൻ പറ്റാത്ത പോലെ തോന്നും അപ്പൊ മറ്റേ കൈ വെച്ച് വേണമെങ്കിൽ ഈ കൈ അനക്കി കൊടുക്കാനായിട്ട് അവരൊരു സാധനം പിടിക്കാൻ നേരം ആ സാധനം മുറുക്കി പിടിക്കാൻ പറ്റില്ല കൈന്ന് വഴുത്തി മറ്റേ കൈ വെച്ച് താങ്ങിയൊക്കെ നിർത്തണം അങ്ങനെയായിരുന്നു അപ്പം ഇത് എന്താണെന്ന് ഏഹ് ചോദിച്ചാൽ എന്റെ കഴുത്തിലൊരു ഞരമ്പ് ഇങ്ങനെ ഞെങ്ങിപ്പോകുന്നുണ്ട് കമ്പ്രസാമുണ്ട് അപ്പം അത് കാരണം വരുന്ന കാര്യമാണ് അപ്പം ഇത് തീരെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പരിചയമുള്ളൊരു സഹോദരിയുടെ ഭർത്താവിനെ പരിചയമുള്ള അദ്ദേഹത്തിന് കൂടെ പഠിച്ചൊരു ഓർത്തോ ഡോക്ടറുണ്ട് അവരെ നമുക്ക് കണ്ടെയ്ൻമെന്റ് സോണിലായത് കാരണം പോയി കാണാൻ പറ്റില്ല അപ്പം പിന്നെ അദ്ദേഹം മംഗലാപുരത്തുമാണ് അപ്പം എന്തായാലും ഒരു നവ്യാന്ന് പറഞ്ഞ ആപ്പുണ്ട് ആ ആപ്പ് വഴി കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത പുള്ളിക്കാരന്റെ ഏഹ് ഇതെല്ലാം സിംറ്റംസ് എല്ലാം ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഈ ഞരമ്പ് നല്ലപോലെ കംപ്രസ്ഡ് ആയിട്ടുണ്ട് ഇവിടെ കഴുത്തിന്റെ കഴുത്തിൽ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഇതിന്റെ യഥാസ്ഥിതി വരണമെങ്കിൽ എം ആർ എടുക്കണം സ്കാൻ എടുക്കണം അല്ല എം എടുക്കണം ഇത് എന്താ എക്സ് റേ ഒക്കെ അത് പല രീതിയിൽ എടുത്താലേ യഥാർത്ഥമായിട്ട് എന്താ സംഭവം എന്നറിയാന് പറ്റുള്ളൂ ഞാൻ പറഞ്ഞു കണ്ടെയ്ൻമെന്റ് സോൺ ആണ് അതൊന്നും പോയി ചെയ്യാനുള്ളതില്ല പുള്ളി പറഞ്ഞു ഞാനൊരു എന്നാ ഒരു പ്രിസ്ക്രിപ്ഷൻ തരാം അത് ആരെങ്കിലും കൊണ്ടും മേടിച്ച് ഏഹ് മൂന്നാഴ്ച കഴിക്കുക എന്നിട്ട് അപ്പത്തേ കണ്ടെയ്ൻമെന്റ് സോൺ ഇത് അപ്പോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ കിട്ടി നോക്കിക്കഴിഞ്ഞപ്പോ ഇത് പലതും ഈ വേദന കുറയാനും മയങ്ങിക്കിടക്കാനും ഒക്കെ ഉള്ള മരുന്നാണ് ചിലത് പലതും പണ്ട് ഈ സൈക്കാട്രിക് രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ഉണ്ടപ്പം തന്ന മരുന്നുകൾ തന്നെയാണിത് അപ്പൊ എനിക്ക് അത് കാരണം ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാനിപ്പോ ഈ ഓഗസ്റ്റ് ആകുമ്പം എന്റെ മാനസിക മരുന്നുകളെല്ലാം നിർത്തിയിട്ട് രണ്ടു വർഷം ആകുന്നു അപ്പൊ രണ്ടു വർഷം ആയി കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഈ മാനസിക രോഗത്തിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ അത് വേദനക്ക് വേണ്ടി ആണെങ്കിലും എനിക്ക് എടുക്കാൻ തോന്നിയില്ല അപ്പൊ എന്തായാലും ഞാനിപ്പോ ഒരു ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു വേദനക്കൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചു എന്തായാലും എം ഇതൊന്നും എടുക്കുന്നില്ല ഏ കഴിക്കുന്നില്ല ഇപ്പൊ കഴിക്കുന്ന ഗുളിയും കൂടെ അങ്ങ് നിർത്തിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരം ഇപ്പൊ കുളിക്കുന്ന കഴിക്കുന്ന ഗുളികയും നിർത്തി പിറ്റ ദിവസം ഞാൻ വിചാരിച്ചു ഇപ്പം ദൈവം ഇത് ഈ വേദന സഹിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് പോകാം കാരണം കർത്താവിന് വേണ്ടി ഈ കഷ്ണം സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ ഓരോ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ അല്പനേരത്തേക്ക് കഷ്ണം സഹിക്കാനാണെങ്കിൽ ആ കഷ്ണം സഹിച്ച് സകലതും നിങ്ങൾ പരീക്ഷ അനുഭവിക്കുന്നതിനെ പറ്റി യാക്കോ പറയുന്നത് അത് അശേഷം സന്തോഷം എന്നുണ്ടാവാനാണ് എന്നിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അപ്പൊ ഞാനത് അശേഷം സന്തോഷം ഉണ്ടാവുന്ന പറഞ്ഞ് ഒരു ദിവസം രാവിലെ ഞാൻ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതത്തെ പറ്റിയും ഓരോ പ്രശ്നങ്ങൾ ഈ അഡിക്ഷൻസ് അതുപോലത്തൊക്കെയുള്ള മാനസിക ഓരോ ആൾക്കാർ ചോ അയക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക അവരുമായിട്ട് എഴു എഴുത്തുകൂത്ത് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പം ടൈപ്പിങ്ങാണ് കൂടുതലുണ്ട് അപ്പം ഈ ടൈപ്പ് ചെയ്യാൻ തരം കൈ ഭയങ്കര വേദനയാണ് ചിലപ്പം ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂറെ കഴിഞ്ഞ് എഴുന്നെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നേരെ നിൽക്കാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപിനിറ്റായിട്ട് നടു ഉയർത്ത് നേരെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ കുഞ്ഞാ നടക്കുന്നൊക്കെ എന്തായാലും ഞാനത് കാര്യമാക്കിയില്ല ദൈവം തന്ന വേല ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുമ്പ് അവിടെ ഇരുന്ന് ചോദ്യങ്ങൾ കുറച്ച് നാള് ചോദിച്ചങ്ങനെ പെൻഡിങ് ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ ടൈപ്പ് ചെയ്ത ടൈപ്പ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ നടുവിൻ്റെ വേദന ഒരുമാതിരി കുറഞ്ഞു ഒരു തൊണ്ണൂറ് ശതമാനം കുറഞ്ഞു എൻ്റെ കഴുത്തിൻ്റെ വേദനയും അതുപോലെ തന്നെ കുറഞ്ഞു എൻ്റെ കൈകൾക്ക് ടൈപ്പ് ചെയ്യുമ്പോ വേദന കൂടുന്നതിന് വരെ വേദന കുറഞ്ഞു കുറഞ്ഞു തുടങ്ങും എന്തായാലും അന്ന് മുതല് എനിക്ക് ഞാൻ ഒരു ഏകദേശം വേദനകളെല്ലാം കുറവായിട്ട് ഇങ്ങനെ അനുഭവിക്കുവാണ് ഞാൻ കൊച്ചിനെ എടുക്കു പൊക്കുന്നവരെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതായത് ചെറിയ വേദനകളുണ്ട് ഇപ്പൊ ഈ കഴുത്തിൻ്റെ ഇത് പണ്ട് ഡോക്ടർ ട്രാക്ഷൻ ഇടാൻ പറഞ്ഞിരുന്നു ഒരു മൂന്ന് കിലോ വെയ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കിടക്കാനായിട്ട് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് അതല്ലാതെ വേറെ മരുന്നുകളോ എടുത്ത് എടുക്കുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ചെറുതായിട്ടുള്ള വേദന സഹിച്ചുകൊണ്ട് ടൈപ്പിംഗ് ചെയ്ത് അത് മുന്നോട്ട് പോകുന്നു അപ്പോ അപ്പോ അത് കാരണം എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തില് ഞാൻ സ്ഥിതിമന്ന സൗഹൃദത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഏർ ഞാൻ വിചാരിച്ചു ഞാൻ കിടപ്പായത് കാരണം സോഫിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ ഒപ്പയുണ്ട് കുഞ്ഞാൻറ്റി ഉണ്ട് കൊച്ചുണ്ട് പിന്നെ മോളുണ്ട് അപ്പൊ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ചോദിച്ചു ഇങ്ങനെ മടുത്തോന്ന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മടുത്തില്ല ഞാൻ അച്ചാച്ചന്റെ സൗഖ്യത്തിനോട് പ്രാർത്ഥിച്ചു പോലും ഇല്ല ഞാൻ നമ്മുടെ കുഞ്ഞായ് രക്ഷിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചെന്നത് അപ്പൊ ആൾക്ക് വലിയ സങ്കടം ഇല്ലാത്ത കാരണം ഞാനൊരു കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും പക്ഷെ എനിക്ക് വേണ്ടി സൗഖ്യത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പൊ അവരുടെ എല്ലാം പ്രാർത്ഥന എല്ലാം ആ ദൈവം കേട്ട് എനിക്ക് ആ സൗഖ്യം നൽകി ഞാനപ്പ പ്രാർത്ഥിച്ചവർക്കൊക്കെ എന്റെ ആ സാക്ഷ്യം അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ഒന്ന് പത്രോസിനകത്ത് ഒന്ന് പത്രോസ് ഒന്നിന്റെ മൂന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ അപ്പൊ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം ഇപ്പം ദൈവത്തിന് കരുണയുടെ ആധിക്യം ഉള്ളത് കൊണ്ട് നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ഇപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞ ജീവനുള്ള പ്രത്യാശയാണെന്നാണ് പറയുന്നത് അവിടെ ആ ജീവനുള്ള പ്രത്യാശിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ ാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് അവിടെ കേൾവി വച്ചിരിക്കുവാണ് അതിനകത്ത് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് എന്തുകൊണ്ടാണ് ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് അവരുടെ മനസ്സിലുള്ളൊരു കോൺസെപ്റ്റാണ് ഈ പ്രത്യാശ പക്ഷെ നമ്മളുടെ പ്രത്യാശ മനസ്സിലൊരു കോൺസെപ്റ്റ് മാത്രമല്ല നമ്മളുടെ പ്രത്യാശയ്ക്ക് അത് ജീവനുള്ള ഒരു കാര്യ കാര്യമാണല്ലോ ജീവനുള്ളൊരു സാധനമാണെന്ന് പറയുന്നത് അപ്പോ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ പ്രത്യാശ ഒരു സ്ഥലമല്ല സ്ഥലത്തിന് ജീവനില്ല സ്വർഗത്തിൽ പോകാം സ്വർഗം എന്നതല്ല നമ്മളുടെ പ്രത്യാശ നമ്മൾ ഹെബ്രായർ രണ്ടിന്റെ ഒന്ന് എടുത്തു കഴിഞ്ഞാല് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അഫോസന്മാര് ഹെബ്രായർക്ക് എഴുതുന്ന എന്താന്ന് ഇവർക്ക് ഈ കാണപ്പെടുന്ന കാര്യങ്ങളായ യഹൂദ മതത്തിൽ നിന്നും കാണപ്പെടാത്തതും കാണപ്പെടുന്ന താൽക്കാലികമാണെന്ന് നമുക്കറിയാം കാണപ്പെടാത്തതും നിത്യവുമായിട്ടുള്ള കാര്യങ്ങളോട് വന്നപ്പോൾ ഇവർക്ക് ഇതൊക്കെ ശരിയാണെന്നൊരു സംശയം വന്നു കാരണം ഈ കാണാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ പറ്റുള്ളൂ അതിന് വീണ്ടും ജനം അത്യാവശ്യമാണ് വീണ്ടും ജനിക്കാത്തവനെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്ന് പറയുന്നുണ്ട് അവർ ലൗകികരായതുകൊണ്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ ലൗകികരായത് ോകത്തിലുള്ള കാര്യങ്ങൾ അവര് സംസാരിക്കുന്നു ലോകം അവരെ കേൾക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഒന്ന് യോഹന്നു യോഹന്നാന്റെ ആ സഭയില് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവര് ആത്മാവില്ലാത്തവരാണ് വേണുജനിച്ചല്ല പക്ഷെ ഭയങ്കര പ്രസംഗികരായിരുന്നു അവര് ലൗകികന്മാരായിരുന്നു അതുകൊണ്ട് അവർ ലോകത്തിലുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചു സഭയില് ലോകമുണ്ട് കുറെ ലോകം അവര് കേട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ ഈ ഹെബ്രൽ ആൾക്കാർക്ക് ഈ കാണപ്പെടാത്ത കാര്യങ്ങളുടെ അനുഭവം അത് നമുക്ക് ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ വസിക്കുന്ന ക്രിസ്തുവിൽ വസിക്കുന്നതിന് മാത്രമേ അനുഭവം ആവുള്ളൂ അപ്പോ ആ ഒരു അനുഭവങ്ങൾക്ക് പറ്റാതെ വരാന്തരം തിരിച്ച് കാണപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഒഴുകി പോകാനൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹെബ്രായർ മുഴുവൻ നോക്കിക്കഴിഞ്ഞാല് കാണപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും കാണപ്പെടാത്ത കാര്യങ്ങളുടെ അനുഭവത്തിലോട്ടുള്ള ഒരു യാത്രയാണ് ഹെബ്രായറുടെ ലേഖനം മുഴുവൻ വായിച്ചു കഴിഞ്ഞാല് അപ്പോ അതിനകത്ത് രണ്ടാം അധ്യായം അത് ഈ അപ്പോസന്മാർ അതിനെപ്പറ്റിയാണ് പ്രസംഗിച്ചത് വരുവാനുള്ള നാം പ്രസംഗിക്കുന്ന വരുവാനുള്ള ലോകത്തെ എന്നാണ് അപ്പൊ വരുവാനുള്ള ഒരു ലോകമുണ്ട് ആ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ഈ ലോകത്ത് അനുഭവിക്കുന്നുമുണ്ട് അതാണ് എബ്രാഹിൻ പറയുന്നത് അപ്പൊ അതാണ് അപ്പോസന്മാരെ പ്രസംഗിച്ചത് ഈ ലോകത്തിന്റെ അനുഭവം അല്ല ഈ ലോകത്തിന്റെ സമ്പത്തോ ജ്ഞാനമോ അല്ല എന്ന ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ മാനവുമല്ല അവര് ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ നിന്നെയാണ് പ്രസംഗിച്ചത് ക്രിസ്തുവിന്റെ നിന്ന് ചോക്കുക നമ്മൾ പാളയത്തിന് പുറത്തു പോയി അവന്റെ നിന്ന ചുമക്കുക എന്നാണ് പറഞ്ഞത് അപ്പോ അപ്പോ ഹെബ്രായർ രണ്ടിന്റെ ഒന്ന് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ദൂതന്മാർ മുഖാന്തരം അരലി വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ എന്നുവെച്ചാൽ ദൂതന്മാര് വഴി മോശിക്കൊടുത്ത ന്യായ പ്രമാണത്തിന്റെ അത് അതിന് ന്യായമായ പ്രതിഫലം ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് നമുക്കറിയാം എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ സിങ്ങിനെ തെറ്റിയൊഴിയും അപ്പൊ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞൊരു രക്ഷ ആ രക്ഷനെ പറയാൻ നേരം നമ്മള് ഫെബ്രാർ ഒന്നിൽ വായിക്കാൻ നേരം പുത്രൻ സ്വർഗസ്ഥനായ പിതാവിന്റെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ജയിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ കാണാത്ത കാര്യത്തെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഇത്ര വലിയ രക്ഷയെപ്പറ്റി പിന്നെ ഫെബ്രുവരിലോട് പറയുന്നത് അപ്പോ നമ്മുടെ ഈ ഒഴുകിപ്പോക്ക് പല രീതിയിൽ സംഭവിക്കുക ക്രിസ്തീയ കോളത്തിൽ ഇപ്പൊ നോക്കി ഒഴുകിപ്പോക്ക് സംഭവിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയിൽ നിന്നും ജീവൻ ഒരു പ്രത്യാശയിലോട്ടാണ് എന്താണ് ഈ ജീവനുള്ള പ്രത്യാശ അപ്പം ജീവനുള്ള പ്രത്യാശ എന്താണ് ജീവനില്ലാത്ത പ്രത്യാശ ജീവൻ പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് അതിന് ജീവനില്ല സ്വർഗത്തിന് ജീവനില്ല ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാല് നമ്മൾ യോഹന്നാൻ നമുക്ക് അപ്പോസന്മാർ നമുക്ക് പറഞ്ഞിരുന്നത് ക്രിസ്തു ആണ് ജീവനുള്ള പ്രത്യാശ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒഴുകിപ്പോക്ക് സംഭവിച്ചത് എങ്ങോട്ടാണെന്ന് വെച്ചാല് ക്രിസ്തീയ ജീവിതം ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ചു ആത്മാപരിശുദ്ധമാണെന്ന് പറഞ്ഞ പലരും അവരുടെ പ്രത്യാശ ക്രിസ്തു എന്ന വ്യക്തിയോട് ചേരും അല്ലെങ്കിൽ ചേർക്കപ്പെടും അല്ലെങ്കിൽ എടുക്കപ്പെടുന്നുള്ളതിനേക്കാൾ ഉപരി ഈ ലോകത്തിലെ ഉപദ്രവം എല്ലാം ഇട്ട് സ്വർഗമെന്ന ഒരു സുഖവാസ കേന്ദ്രത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എത്തണം എത്തും എന്നെ എത്തിക്കും എന്നാണ് പ്രത്യാശ് ആ ഒഴുകിപ്പോകിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ അങ്ങനെ ഈ ഈ സ്ത്രീയെ കാണാനായിട്ട് കല്യാണം കഴിച്ച് മണിയറിലേക്ക് കൊണ്ടുവരുവാണ് മണിയറിലോട് കൊണ്ടുവരുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ഈ പെണ്ണിന്റെ എക്സൈറ്റ്മെന്റ് എന്നെ കാണാനൊന്നും വരുന്നില്ല ഇവിടുത്തെ ബെഡ്ഷീറ്റും ഇവിടുത്തെ അവിടെ പൂ പൂവെച്ച് അലങ്കരിച്ചതും ഇവിടുത്തെ മറ്റേ സ്വീകരണം ഈ മറ്റേ നമ്മുടെ മണിയറിലെ ലൈറ്റിങ്ങും ഏഹ് ഇവിടെ ഈ വീട്ടിലെ വേലക്കാരും ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കാന് അയാക്കൊണ്ടാവുന്നൊരു വിഷമം ഒന്നാലോ ചോദിക്കും ഏഹ് അവിടെ ചെന്നാൽ ഇയാളെ മൈൻഡൊന്നില്ല ഇയാൾ ഇവള് മറ്റേ എന്ത് ബെഡ്ഷീറ്റ് ഊ എന്ത് ഇതിലൊക്കെ ഇങ്ങനെ അപ്പൊ പ്രത്യാശ എന്തായിരുന്നു ഇവളുടെ ഈ പണക്കാരനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് ഏഹ് എന്റെ പ പ്രാരാബ്ദങ്ങളെല്ലാം വിട്ട് വേറെ ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ഒരു സുഖവാസ കേന്ദ്രം അതായിരുന്നു അവളുടെ പ്രത്യാശ അല്ലാതെ അവളുടെ പ്രത്യാശ ആ കല്യാണം കഴിച്ച ഭർത്താവിനോടായിരുന്നില്ല അവളുടെ ആശ ആശ എന്ന് പറഞ്ഞ അവളുടെ പ്രത്യാശ അതിനുവേണ്ടി അപ്പൊ അതറിയാ അതറിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ശരിക്കും വചനത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുവെച്ചാൽ ഈ സ്വർഗമാണ് പ്രത്യാശയെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ് കാരണം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് സ്വർഗം എന്നൊരു പ്രത്യാശയിലോട്ടല്ല പകരം ജീവനുള്ള ഒരു പ്രത്യാശയിലോട്ടാണ് അപ്പൊ ഈ ജീവനുള്ള പ്രത്യാശ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നേരം നമ്മൾ വെളിപാട് രണ്ടിന്റെ ഇരുപത് അല്ല ഇരുപത്തിരണ്ടിന്റെ ഇരുപത് ജീവിതത്തിലെ മൂല്യചുതിക്ക് ഒരു വലിയ കാര്യം ഈ ജീവനുള്ള പ്രത്യാശയായി ക്രിസ്തുവിൽ നിന്ന് ഒഴിപ്പോയി സ്വർഗം വന്ന സുഖവാസ കേന്ദ്രത്തിനായിട്ടുള്ള ഒരു പ്രത്യാശ ആയതുകൊണ്ടാണ് കാരണം ഈ രണ്ട് പ്രത്യാശകളും നമുക്കുള്ള പ്രത്യാശ എല്ലാം തന്നെ നമ്മളെ ഒരു പ്രത്യേക ജീവിത നയിക്കും അതാണ് എൻ്റെ കുഴപ്പം ഒഴുകിപ്പോയിക്കഴിഞ്ഞാല് നമ്മളുടെ ജീവിത ശൈലികൾ മാറും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത് വായിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന കാര്യമുണ്ട് ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്നറിൽ ചെയ്യുന്നു ഇപ്പം കർത്താവ് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ കുറെ കാര്യങ്ങൾ സാക്ഷീകരിച്ചു വെളിപാട് പുസ്തകത്തിനകത്ത് ആ സാക്ഷീകരിച്ച കർത്താവ് പറയുന്നു ഞാൻ വേഗം വരുന്നു എന്ന് അരിൽ ചെയ്യുന്നു ആമേൻ കർത്താവായ യേശുവേ വരയണമേ അതാണ് അവരുടെ പ്രത്യാശ കർത്താവായ യേശുവെ നീ വരണമേന്നാണ് അല്ലാതെ ഞങ്ങളെ മഹാ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കണമേന്നല്ല സ്വർഗത്തിൽ കൊണ്ടുപോകണമേന്നല്ല പുതിയ ശരീരം തരണമേന്നല്ല ഞങ്ങളുടെ കർത്താവായ യേശുവേ വരണമേ അപ്പൊ അതുകൊണ്ടാണ് പൗലോസപ്പോസെന്ന് പറഞ്ഞ ശരീരം വിട്ടാൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നില്ല ശരീരം വിട്ടാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും അത് സ്വർഗമാണോ നരകമാണോ അവിടെ പൗരത്വ പ്രസംഗം അതിനെ കൂടുതൽ പറയുന്നില്ല ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക നമ്മൾ ഈ സ്നേഹത്തിന്റെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ സ്നേഹം എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന സാധനവുമായിട്ട് ഒന്നിക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട് സ്നേഹത്തിന് നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അതുമായിട്ട് നമുക്ക് ചേരാനായിട്ട് ആ സ്നേഹം നമ്മളെ നിർബന്ധിക്കും ഇപ്പൊ നമ്മൾ ഒരു ആപ്പിൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നോക്കി കണ്ട് രസിക്കുവല്ലോ അതിനെ എടുത്ത് തിന്നും നമ്മുടെ ശരീരവും ആപ്പിളും ഒന്നായി ചേരുന്ന ഒരവസ്ഥയിലോട്ട് സ്നേഹം നമ്മളെ കൊണ്ടുപോയി ഇപ്പൊ നമ്മളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് വരാൻ നേരം നമ്മൾ അവരെ ചേർത്ത് നിർത്തും കാരണം ആപ്പിൾ തിന്നുന്നവരെ അവർ തിന്നാൻ പറ്റില്ല പക്ഷെ എന്തോരം ചേർക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഞെക്കി ഉമ്മക്കെ ചെയ്യും അപ്പോ എന്തിനെ നമ്മൾ സ്നേഹിക്കുന്നുവോ അതുമായിട്ട് ഒന്നാകാനായിട്ടാണ് സ്നേഹത്തിന്റെ ആ നിർബന്ധം അതുപോലെ തന്നെ എന്തിനെ നമ്മൾ വെറുക്കുന്നോ അതിനെ ത്യജിച്ചു കളയാൻ ഈ വെറുപ്പ് നമ്മളെ നിർബന്ധിക്കും അതൊന്നും മാറ്റാൻ വരുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവത്തിനെയും മാമനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല കാരണം ഒരാളെ സേവിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളെ ത്യജിക്കാനേ ത്യജിക്കേണ്ടി വരും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ നമ്മളുടെ പ്രത്യാശ നമ്മളെ വീണ്ടും ജനിപ്പിച്ച് നമ്മളെ ആ ജീവനുള്ള പ്രത്യാശയിലോട്ട് നമ്മളെ വിളിച്ചത് ശരിക്കും നമ്മളുടെ ആ പ്രത്യാശ നമ്മളുടെ ഭർത്താവിന് വേണ്ടിയുള്ള പ്രത്യാശയാണ് നമുക്കൊരു ഭർത്താവിനെ കിട്ടി എന്ന് പറയാൻ നേരം അതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞാൽ നാഥൻ എന്നാണ് നാഥൻ എന്നാണ് അർത്ഥം ഭർത്താവ് ഇതിനകത്തൊരു റൊമാൻസ് മാത്രമല്ല നമ്മൾ ഭർത്താവ് എന്ന് പറയുമ്പോൾ വചനത്തിനകത്ത് നമ്മളുടെ കർത്താവും കൂടെയാണ് നാഥനും കൂടെയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ഭർത്താവാണ് എന്ന് വെച്ചാല് പുരുഷന്റെ തേജസ് സ്ത്രീ പറയുന്നുണ്ട് അപ്പൊ സ്ത്രീ ആരെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത് പുരുഷനെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത് ഇത് സഭയെയും കർത്താവിനെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഭ ആരാണ് പ്രതിഫലിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത് അപ്പൊ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ അതിനെപ്പറ്റിയാണ് ഗലാത്യർ രണ്ടിന്റെ ഇരുപതിനകത്ത് പറയുന്നുണ്ട് നമ്മളുടെ ആ പ്രത്യാശ നമ്മളുടെ ഭർത്താവിന് നമുക്ക് കിട്ടിയ കാര്യത്തെ പറ്റിയാണ് ഇതിനുമുമ്പ് നമുക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ന്യായ പ്രമാണം നമ്മളെ ഭർത്താവായിട്ട് കാണിച്ച് പാപം നമ്മളുടെ ഭർത്താവായിട്ട് ജീവിക്കുന്ന കാര്യത്തെ പറ്റി റോം റേഡിൽ പറയുന്നുണ്ട് നമ്മൾ റേച്ചലിനെ കാണിച്ച് ലിയെ ലിയയെ കല്യാണം കഴിപ്പിച്ചതുപോലെ ഈ ന്യായ പ്രമാണം നമ്മളെ കാണിച്ച് നല്ല ഭർത്താവാണെന്ന് കാണിച്ച് ശരിക്കും നമ്മളുടെ ഭർത്താവായിട്ട് നമ്മളിലൂടെ പ്രവർത്തികൾ ഉണ്ടാക്കിയ പാപം റോമർ പറയുന്നുണ്ട് അപ്പോ ഗലാത്ത് രണ്ടിന്റെ ഇരുപതിലാണ് നമുക്ക് അവിടെ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത് രണ്ടിന്റെ ഇരുപതില് ബൈലോസഫോൻ പറയുന്നുണ്ട് ഈ ന്യായപ്രമാണത്തിലോട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരോട് പറയുവാണ് ന്യായപ്രമാണം ജീവിച്ചിരിക്കുന്ന ഉള്ള ആൾക്കാർക്കാണ് നിങ്ങൾ ക്രിസ്തുവിനോട് മരിച്ചു ഇനി നിങ്ങൾക്കുള്ളതല്ല റോമർ ഏഴും എട്ടും ആ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതാണ് പറയുന്നത് നമ്മൾ വേറൊരുവന് ഫലം കായ്ക്കേണ്ടതിന് എന്നുവെച്ചാൽ വേറൊരു ഭർത്താവിൻ്റെ ഉദരഫലം നമ്മൾ ഉണ്ടായി ആത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടുവിച്ചു ദൈവത്തിനായ ഫലം കായ്ക്കേണ്ടതിന് നമ്മളെ ന്യായപ്രമാണത്തോട് മരിപ്പിച്ച് വേറൊരുവൻ ഭർത്താവായി വേറൊരുവൻ നമുക്ക് ഭർത്താവായിട്ട് തന്നു വേറൊരുവന്റെ ഭാര്യയായിട്ട് കൊടുത്തു ക്രിസ്തുവിന്റെ ഭാര്യയായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോ വല്ലാത്ത രണ്ടിന്റെ ഇരുപത് വായിച്ചു ഞാൻ ക്രിസ്തുവിനോട് കൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് ഒരു സമയത്ത് സംഭവിച്ചല്ല എല്ലാ ദിവസത്തെയും കാര്യം അവിടെ അവസ്ഥാനെപ്പറ്റി അവിടെ പറയുന്നത് ഞാൻ ക്രിസ്തുവിനൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ശരിക്കും അത് എനിക്ക് തോന്നുന്നത് എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവ പുത്രങ്കിലേക്കുള്ള വിശ്വാസത്താൽ അത്ര തന്നെ എഴുതേണ്ടത് കാരണം ഇവിടെ കർത്താവ് കുരിശി മരിച്ച കാര്യം ആദ്യം പറയുന്നു ഞാൻ ക്രിസ്തുവിനോടെ ഘഷിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നുണ്ട് പിന്നെ അപ്പൊ ഘൂഷിക്കപ്പെട്ട മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ലാന്ന് പറയുന്നുണ്ട് പിന്നെ വേറൊരാൾ ജീവിക്കുന്നുണ്ട് അപ്പൊ ആ വേറൊരാൾ ക്രിസ്തു ആണ് പറയാൻ നേരം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നുണ്ട് ഘൂഷിക്കപ്പെട്ട ആദ്യ ഭാഗം പറഞ്ഞു രണ്ടാമത്തെ ഭാഗം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത് ആ ക്രിസ്തുവിനെ സഭയ്ക്ക് തലയായിട്ട് ദൈവം തന്നു എന്ന് വെച്ചാൽ സഭയ്ക്ക് ഭർത്താവായിട്ട് പിതാവ് കൊടുത്തതിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ എന്നെ സ്നേഹിച്ച് ആ ക്രിസ്തു എനിക്ക് തന്നെ തന്നെ ഭർത്താവായിട്ട് തന്നു അപ്പൊ ആ ഭർത്താവ് എന്റെ അകത്ത് ക്രിസ്തുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവുമായിട്ട് വന്ന് എന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഏകാത്മാവായ അവസ്ഥയിൽ ഞാൻ കേറി അവന്റെ സ്വസ്ഥതയിൽ ഫെബ്രുവരി നാലിൽ പറയുന്ന അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ഭർത്താവിനെ കിട്ടുകയും അപ്പൊ പിന്നെ എന്റെ പ്രത്യാശ എന്താണ് എന്റെ അകത്ത് വന്ന ഭർത്താവിനെ എനിക്ക് കാണണം എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ആത്മീയമായിട്ട് ഈ ഭർത്താവിനെ അനുഭവിക്കാൻ വരുന്നു നാളെ എനിക്കൊരു പുതിയ ശരീരം കിട്ടി എന്തിനാ പുതിയ ശരീരം കിട്ടുന്നത് അസുഖം മാറാനല്ല പരം ശരീരത്തിൽ എൻ്റെ ഭർത്താവിനെ കാണുകയും അപ്പൊ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്ന വസ്തുവുമായിട്ട് ഒന്നിക്കുമെന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ഒന്നിച്ചു ഒരുവൻ ക്രിസ്തുവിനോട് ചേർന്നാൽ അവൻ ദൈവത്തിന്റെ ആത്മാവും ആയിട്ട് ഏകാത്മാവത്ര എന്നാണ് പറയുന്നുണ്ട് ഒരാത്മാവായി എന്ന് പറയുന്നുണ്ട് അപ്പൊ ക്രിസ്തു സ്നേഹത്താൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ച് തന്നു നമ്മളുടെ അകത്ത് ഏകാത്മാവായി ഇനി നമ്മുടെ പ്രത്യാശ എന്താണ് ഈ ഏകാത്മാവായ ക്രിസ്തുവിനെ എനിക്ക് എന്റെ ശരീരത്തിലും കൂടെ അനുഭവിച്ചു എനിക്ക് കാണണം എന്റെ ക്രിസ്തുവിനെ എനിക്ക് കാണണം എന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഈ നമുക്ക് ഈ ക്രിസ്തുവുമായിട്ടുള്ള ഈ ഭാര്യ ഭർത്തൃ സ്നേഹബന്ധം അത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒഴുകി പോകും നമ്മൾ ഒഴുകിപ്പോയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ മക്കളുടെ ഭാവി സൗഖ്യം എന്നൊക്കെ ഇവിടെ തുടങ്ങാം അത് നമ്മള് ക്രിസ്തുവിന്റെ സാധനങ്ങൾ ഇവിടെ ആലോചി ഇവിടെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരെ ലൗകികർന്ന് വിളിക്കുന്നു മുകളിൽ ആലോചിക്കുമ്പോ മൊഗളിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആൽമീകരുന്ന വിളിക്കുന്നു പക്ഷെ രണ്ടുപേരും ലൗകികർ തന്നെയാണ് കാര്യം എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ക്രിസ്തുവിനെ അല്ല ചിലർക്ക് ക്രിസ്തുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് വേണം ചിലർക്ക് ക്രിസ്തുവിന്റെ കാര്യങ്ങൾ മരിച്ചു സ്വർണ്ണ വേണം പക്ഷെ രണ്ടുപേർക്കും വേണ്ടത് ക്രിസ്തുവിനെ അല്ല രണ്ടുപേരെയും പ്രത്യാശ ക്രിസ്തുവിന് തരാൻ വരുന്ന സാധനങ്ങളാണ് അപ്പൊ അവിടെ ഒരു വലിയ ഒഴുകിപ്പോക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ കാൽമീയ ജീവിതത്തിൽ വലിയ മൂല്യച്യുതി വരുന്നത് കാരണം നമ്മുടെ പ്രത്യാശ എപ്പോഴും നമ്മളെ ഒരു ജീവിത ശൈലിയിലോട്ട് ഒരു പ്രത്യേക ജീവിത ശൈലിയിലോട്ട് നമ്മളെ വലിച്ചഴയ്ക്കും നമ്മൾ ഈ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാല് ഈ കോവിഡ് വന്നപ്പോ എല്ലാ കാലഘട്ടത്തിലും പ്ലേഗ് കോവിഡ് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം അതുപോലെ പീഡനങ്ങൾ ഒക്കെ ഈ ഒരു കാലഘട്ടത്തില് ചില ചില പ്രത്യേക തരം പ്രസംഗങ്ങൾക്ക് ഭയങ്കര ഒരു പ്രസക്തി വരും എന്നുവെച്ചാല് ഇത് വെച്ചാൽ ഇപ്പൊ നമ്മള് പറയാം ഈ ചൂട് കാലത്ത് റോഡ് സൈഡില് ഈ നാരങ്ങാവെള്ളം അതുപോലത്തെ വെള്ളങ്ങളുടെ വിൽപ്പന കൂടും എന്ന് ഈ ഒരു പ്രത്യേക കാലത്ത് വിൽപ്പനകള് കൂടുന്ന പ്രസംഗങ്ങളാണ് ഒന്ന് സഭ എടുക്കപ്പെടും ഇപ്പൊ കർത്താവ് വരാൻ പോവാണ് സഭ എടുക്കപ്പെടുവാൻ പോവാൻ പ്രസംഗങ്ങൾ ഇത് കാലത്തും ഈ പീഡനങ്ങള് ഈ പ്രശ്നങ്ങൾ വരാൻ നേരം ഇതിനൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു പലപ്പോഴും എന്താ സംഭവിച്ചാല് ഈ എടുക്കപ്പെടുന്നത് പ്രസംഗിക്കുന്നതിന് മാർക്കറ്റുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ കാന്തനായ ക്രിസ്തുവിനെ കാണണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് ഈ പ്രത്യേക ബുദ്ധിമുട്ട് കാലഘട്ടത്തിൽ മാത്രമല്ല സുഖകാലഘട്ടത്തിലും ഈ പ്രസംഗങ്ങൾ വിറ്റു പോകേണ്ടതാണ് കാരണം കാന്തനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ കഷ്ടപ്പാടാണോ ഇവിടെ സുഖമാണോന്നുള്ളതല്ല നമുക്ക് കാന്തനെ കാണണം എന്നുള്ളതാണ് അപ്പൊ ഈ പ്രത്യേക കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ കൂടി വരാൻ നേരം ഇതെന്താന്ന് വെച്ചാല് ജഡത്തിൽ കഷ്ടം അനുഭവിക്കാനായിട്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാനായിട്ട് തയ്യാറില്ല ക്രിസ്തുവിന് വേണ്ടി ജഡത്തിൽ വളരോശ ക്രിസ്തൽ തിമോത്തിയോട് പറഞ്ഞു ഒരു നല്ല സൈനികനെ പോലെ നീ എന്നോട് കൂടെ ക്രിസ്തു യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാന്ന് പറഞ്ഞു അപ്പൊ ജഡത്തിൽ കഷ്ടം സഹിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തപ്പോ ജഡമോഹങ്ങൾ അത് എങ്ങനെയെങ്കിലും ഇവിടെ സാക്ഷീകരിക്കാൻ പറ്റില്ലെങ്കിൽ സ്വർഗം വന്നൊരു സുഖവാസ കേന്ദ്രത്തിൽ പോയിട്ട് അത് സാക്ഷാത്കരിക്കുക അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ കർത്താവ് ഇപ്പൊന്ന് എടുത്തുകൊണ്ട് പോകും ഇപ്പൊ എടുത്തുകൊണ്ട് പോകുന്ന പ്രശ്നത്തിൽ ഇപ്പൊ ഒരു മാർക്കറ്റ് വരാൻ കാര്യം അതാണ് ക്രിസ്തുവിനെ ഇഷ്ടമായത് കൊണ്ടല്ല ജഡത്തിൽ കഷ്ടം അനുഭവിക്കാൻ വയ്യ അപ്പൊ എങ്ങനെയെങ്കിലും ക്രിസ്തു വന്നിട്ട് ഈ ജഡത്തിലെ കഷ്ടം ഒന്ന് ഒഴിവാക്കുക ക്രിസ്തുവിന് വേണ്ടി ഒരു നല്ല പോരാളിയായിട്ട് കഷ്ടം സഹിക്കാൻ വയ്യ അതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ ഒരു ഒരു മാർക്കറ്റ് ഇതാണ് കർത്താവ് ഇപ്പൊ ഒരു എടുത്തുകൊണ്ട് പോകും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു പീഡനം നമ്മള് സഭയിലോ അല്ലെങ്കിൽ പ്ര പ്രവാചകന്മാരുടെ ചരിത്രം കരുതുന്ന വായിച്ചാല് ഒരു പീഡനം വരുന്നതിന് മുമ്പ് ഇതുപോലത്തെ പ്രസംഗങ്ങൾക്ക് ഒരു വലിയ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാവാറുണ്ട് കാര്യം ദൈവസഭ എപ്പോഴും ഇപ്പൊ ചൈനയിലായാലും റൊമേനയിലായാലും ഒക്കെ ഈ ആൾക്കാർക്ക് വിശ്വാസത്യാഗം സംഭവിച്ചത് എന്താന്ന് വച്ചാല് ദൈവസഭയ്ക്ക് പീഡനം വരുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒത്തിരി പ്രസംഗങ്ങൾ വിശാശി കൊണ്ടുവന്ന് ഇവരാരും ആ പീഡനത്തിന് വേണ്ടി തയ്യാറെടുത്തില്ല ആത്മീകമായിട്ട് ഏറ്റവും അവസാനം കർത്താവ് ഒന്നും കൊണ്ടുപോയുമില്ല ആൾക്കാരെ ഇവരെ പീഡിപ്പിക്കാനും തുടങ്ങി പലർക്കും വിശ്വാസത്യാഗം സംഭവിച്ചു എല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് വിശ്വാസ ത്യാഗം സംഭവിച്ച് പോയി അപ്പൊ ഇത് പ്രവാചകന്മാരെ പോസ് മൃഗത്ത് നോക്കിയാലും എരമ്യ പ്രവാചകൻ പറഞ്ഞു ബാബിലോൺ നിങ്ങളെ ആക്രമിക്കും അവർ നിങ്ങളെ കൊണ്ടുപോകുന്ന ഇവര് എലമ്യ പ്രവാചകനെ തല്ലാനും കൊല്ലാനും പോയി കാര്യം എന്താണ് ഇവര് പറഞ്ഞു ഏഹ് യഹോയുടെ മന്ദിര ഇവിടുണ്ട് യഹോയുടെ മന്ത്രി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാണ് പലപ്പോഴും കൂടെ പറഞ്ഞത് സഭ ഇവിടെ ഉള്ളത് കൊണ്ട് സഭയെ ദൈവം പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് എക്കാലത്തും സഭ പീഡനം അനുഭവിച്ചിരുന്നു അപ്പോസ മാത്രം വെറുതെ വായിച്ചു നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ഫോക്സ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്ന കർഷക രക്തസാക്ഷികളായ ആൾക്കാരുടെ ചരിത്രമുണ്ട് അല്ലെങ്കിൽ റിച്ചാർഡ് ബൂംബ്രാൻറ്റ് അതുപോലത്തെ ആൾക്കാര് ഈ അവരുടെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാല് സഭ എന്തോരം പീഡനങ്ങളിൽ കൂടെ കടന്നുപോയെന്ന് നമുക്ക് അറിയാൻ പറ്റും ശരിക്കും അവന് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നു നമ്മളെ അവൻ യോഗ്യരായി കണ്ടു എന്നായിരുന്നു സന്തോഷം അവന് വേണ്ടി പീഡിപ്പിക്കപ്പെടാൻ അവൻ നമ്മളെ യോഗ്യരായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് അവര് പോയി ഉല്ലസിക്കുന്നതാണ് അപ്പോസല നമ്മൾ കാണുന്നത് അടിയും എല്ലാം കിട്ടിയതിന് ശേഷം അപ്പോ ഈ ഒരു കാര്യം ആണ് അപ്പോ എന്ത് പറ്റിയ അപ്പം യരമയാ പറഞ്ഞു നിങ്ങള് യഹോയുടെ മന്ത്രി യഹോയുടെ മന്ത്രി ഒന്നും പറയരുത് ഇതെല്ലാം ഒളിച്ചടുക്കി യഹോവയ്ക്ക് ഇതൊന്നുമല്ല കാര്യം യഹോവ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ് അല്ലാതെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മന്ദിരമോ നമ്മുടെ സംഘടനയോ അല്ലെങ്കിൽ നമ്മളുടെ സഭ എന്ന് പറഞ്ഞ അത് സമുദായം ഒന്നും യെഹോവയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല എന്നിട്ട് ഏറ്റവും അവസാനം ആ സമയത്ത് ബാബിലോൺകാർ വരുന്നു എന്നിട്ട് ഈ യഹോവയുടെ സാക്ഷ്യപ്പെടകം കൊണ്ടുപോകുന്നു പിന്നെ അത് കിട്ടിയിട്ടില്ല അപ്പോ ജനമയപ്രവേദന കാലത്താണ് നഷ്ടം പോയത് പിന്നെ ബാബുലോണിൽ അവര് പോയി അവര് പോയി ബാബുലോണില് രണ്ട് പ്രവാചകന്മാരെ കർത്താവ് കൊടുത്തു എഹസ്കിയലും കൊടുത്തു താനിയലും കൊടുത്തു ഈ അങ്ങോട്ട് പോവാത്ത പ്രവാചകൻ രമ്യ പ്രവാചകനായിരുന്നു അപ്പൊ ഇവിടെ നമ്മള് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് ഈ ഒരു ജഡത്തിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ പറ്റാത്ത ഒരു ജടീകമായ അവസ്ഥ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മള് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ പാപത്തിനോട് മരിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് ഒന്ന് പത്രോസ് നാലില് അതുപോലെ ഫെബ്രുവരി പന്ത്രണ്ടില് പറയുന്നുണ്ട് ആ അവിടെ വായിച്ചു കഴിഞ്ഞാല് നമ്മള് ക്രിസ്തുവിന്റെ അതേ എന്താണ് രണ്ട് കാര്യങ്ങളാണ് അവൻ പാപികൾ കഷ്ടം അനുഭവിച്ചു ആൾക്കാർ ഉപദ്രവിച്ചു സത്യം പറഞ്ഞപ്പോ രണ്ട് പ്രലോഭനം കാരണം കഷ്ടങ്ങൾ ഉണ്ടായി അപ്പൊ ജ ജഡത്തിലെ പ്രലോഭനങ്ങൾ കഷ്ടങ്ങൾ ഉണ്ടാകും ഈ കഷ്ടകളെപ്പറ്റി യാക്കോ പറഞ്ഞ അശേഷം സന്തോഷമെന്ന് എണ്ണി അവിടെ ദൈവത്തിന്റെ ചോദിച്ച് പരീക്ഷ എന്താണ് ജീവന്റെ കിരീടം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മളോട് യാക്കോ പറഞ്ഞു തരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലത്തെ പ്രസംഗങ്ങളെല്ലാം ആൾക്കാരെ വഴിതെറ്റിപ്പിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ ഇത് ക്രിസ്തുവിന് കാന്തനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ല ഇത് പകരം ജലത്തിൽ കഷ്ടം അനുഭവിക്കാൻ വയ്യാത്ത ജനീക അവസ്ഥയിലുള്ള ആൾക്കാർക്ക് വിക്കാനായിട്ടൊരു മാർക്കറ്റ് ഉണ്ട് ഈ പ്രസംഗങ്ങൾ രണ്ടാമത്തെ പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യകാലത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾക്ക് ഭയങ്കര കൂടുതലാണിപ്പോ അന്ത്യകാലം ശരിക്കും ഇതു വചനം വായിക്കാത്തവരെയാണ് ഈ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഈ പ്രസംഗങ്ങളെ പറയാൻ പോകുന്നത് കാരണം നമുക്കറിയാം എന്നാണ് ഈ അന്ത്യകാലം തുടങ്ങിയത് അന്ത്യകാലം തുടങ്ങിയ എന്താന്ന് വെച്ചാല് എബ്രായർ എബ്രായർ നമ്മൾ വായിക്കാൻ നേരം എബ്രായറിന്റെ ഒന്നിൽ പറയുന്ന ഇതാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരമായിട്ടും പിതാക്കന്മാരുടെ അരലിൽ ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മുടെ അരല് ചെയ്തിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു വന്ന ആ ദിവസം അന്ത്യകാലം തുടങ്ങി പിന്നെ കർത്താവിൻ്റെ കരുണ കാരണം രണ്ടായിരം വർഷം നീട്ടി നമുക്ക് കിട്ടി കാരണം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവിന് ആഗ്രഹം ഉള്ളത് കൊണ്ട് അങ്ങനെ നീട്ടി തന്നു എന്നാണ് പത്രോസ് അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ അന്ത്യകാലമാവാത്തത് കൊണ്ടല്ല അതുകൊണ്ട് കർത്താവിൻ്റെ ദീർഘക്ഷമയ രക്ഷയെന്ന് എണ്ണി ഇത് കർത്താവ് വന്ന അന്ന് മുതൽ ജീവിക്കേണ്ടതാണ് നമ്മൾ പക്ഷെ നമ്മൾ കാണുന്നത് ഈ നമ്മൾ പ്രത്യാശ ഒഴുകിപ്പോയി ക്രിസ്തുവിനോടുള്ള പ്രത്യാശ മാറി സ്വർഗത്തോട് പ്രത്യാശ വരാൻ നേരം ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഭൂമി ഒരു സ്വർഗമായി കഴിയാൻ നേരം നമുക്ക് പിന്നെ ആ സ്വർഗം കിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കാരണം നമ്മുടെ പ്രത്യാശ ക്രിസ്തു പ്രത്യാശ സ്വർഗമായിരുന്നു അപ്പോ ഇനി ഇവിടെ ഒരു സ്വർഗം കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ പോയില്ലെങ്കിലും വലിയ കാര്യമില്ല പക്ഷെ പ്രത്യാശ ക്രിസ്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വർഗ സ്വർഗീയവസ്ഥ ഇവിടെ നമുക്ക് സമാധാനം ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് സമൃദ്ധി ആണെങ്കിലും എന്താണെങ്കിലും കോവിഡ് ഇല്ലെങ്കിലും അന്ത്യകാലം എന്താ പറയാ ഈ പ്രസംഗങ്ങളില്ലെങ്കിലും എല്ലാം നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ പ്രത്യാശ എന്താണ് എൻ്റെ അകത്ത് എനിക്ക് വിലാത്ത രണ്ടൻ്റെ എഴുതി പറഞ്ഞത് ഭർത്താവായി തന്നവൻ അവനെ എനിക്ക് കാണണം എന്നാണ് നമുക്ക് ദൈനംദിന പ്രത്യാശ അപ്പൊ അതുകൊണ്ട് ഈ അന്ത്യകാലം അന്ത്യകാലം എന്ന് പറഞ്ഞ് എന്താ പറയാ ഈ നമ്മളുടെ ഈ സ്പൈസ് ചേർത്ത പ്രശ്നങ്ങളുടെ ആവശ്യമില്ല ക്രിസ്തുവിനെ സ്വീകരിച്ച് വീണ്ടും ഞാൻ ഏകാത്മാവായവൻ ക്രിസ്തുവിന്റെ ആത്മാവിനായിട്ട് കൂട്ടായ്മ നടക്കുന്നവനും എല്ലാ ദിവസവും അന്ത്യകാലം തന്നെയാണ് കാരണം അവൻ ഒരു ദിവസം പോലും ഈ ലോകത്തിന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കില്ല പൗലോസോ പോസ് എല്ലാം അങ്ങനെ പറഞ്ഞത് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് ക്രിസ്തുവിനോട് കൂടെ ചേരണം പിന്നെ ഞാനിവിടെ നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാന്ന പറഞ്ഞു അല്ലാതെ എനിക്കിവിടെ കുറെ കൊറേ കാര്യങ്ങൾ ഒരു സുഖം അല്ലെങ്കിൽ ഒരു വലിയ ഭാവി അല്ലെങ്കിൽ മാനം അതൊന്നും അല്ല അപ്പൊ ഈ പ്രത്യാശ നമുക്ക് ഒഴുകി പോകാൻ നേരം നമുക്ക് വരുന്ന മൂല്യച്താണ് നമുക്ക് ഈ അന്ത്യകാലം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഈ വാക്കുകള് എപ്പോഴാണ് നമുക്കിത് വരിക ഈ കഷ്ടത്തിൽ കൂടെ പോകാൻ നേരം മാത്രമേ അന്ത്യകാലം അന്ത്യകാലം ചിന്തയുണ്ടാവുള്ളൂ ഇനിയിപ്പോ കൊറോണ എല്ലാം മാറി വെച്ചോ കൊറോണ എല്ലാം മാറി നമുക്ക് എല്ലായിടത്തും എല്ലായിടത്തും പോകാം ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞാല് ഈ പ്രസംഗങ്ങളൊക്കെ നിൽക്കും സമൃദ്ധിയുടെ പ്രസംഗം പിന്നെയും വരും ഇത് നമ്മള് ഈ സൂര്യന്റെ അടിയിൽ ഒന്നും പുതുതായിട്ടില്ലെന്ന് പറയുന്ന പോലെ കാലഘട്ടങ്ങളായിട്ട് തന്നെയാണ് നടക്കുന്നത് സമൃദ്ധിയുടെ പ്രസംഗം വരും അന്നേരം ഈ അന്ത്യകാലത്തെ പറ്റിയും ഈ എന്താ പറയാ ഈ കർത്താവിന്റെ രണ്ടാം വരവേ പ്രസംഗിച്ചവര് വീണ്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദീർഘ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പ്രസംഗങ്ങളായിട്ട് വരും അപ്പോ ഇതിനൊക്കെ എല്ലാ കാലത്തും ഓരോ ഓരോ സീസണിൽ ഓരോ മാർക്കറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ വേനൽക്കാലത്ത് ഒത്തിരി വിൽക്കാനായിട്ട് റോഡ് സൈഡിൽ വരും മഴക്കാലത്ത് കാണാറില്ല ഇന്ന് പറഞ്ഞ പോലെ ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് പ്രസംഗമാണ് ഈ നരകം അന്ത്യന്യായവിധി എന്നൊക്കെ പറഞ്ഞ പ്രസംഗം ആൾക്കാരെ പേടിപ്പിച്ച് ഇളക്കി ഭയങ്കര ഒരു ഒത്തിരി പേര് സഭയിൽ വരുന്നു ഒത്തിരി പേര് സൂം മീറ്റിംഗ് കയറുന്നു എന്താണ് പ്രശ്നം ഈ അന്ത്യന്യായവിധി കാര്യങ്ങൾ പക്ഷെ ഇവിടെയും സംഭവിക്കുന്ന വെച്ചാല് ഈ പ്രശ്നം കഴിയാൻ നേരം ഈ ന്യായവിധിനെ പറ്റി ആൾക്കാർ പറഞ്ഞു ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഈ അന്ത്യന്യായവിധയുടെ പ്രശ്നങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നിങ്ങനെ ആൾക്കാരെ മുമ്പിൽ അടിച്ചു കയറ്റുമ്പോ ശരിക്കും സംഭവിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു പകരം ഒന്ന് ദസ്ലോനിയർ രണ്ടിന്റെ ഒന്ന് മുതല് രണ്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നു കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി ഭാവത്തായുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗം ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത് ആരും ഏതു ഇതിനെയും നിങ്ങളെ ചതിക്കരുത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗിനും അതറവമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം അപ്പൊ ഈ ഈ നരകത്തെ പറ്റി ഇതൊക്കെ പ്രവർത്തിക്കാൻ നേരം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ ദൈവമേ ഈ വന്നു നമ്മൾ നരകത്തിൽ പോകും അപ്പൊ നരകം രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രതയിലാണ് നമ്മള് പിന്നെ സഭായോഗവും ഈ സൂ മീറ്റിങ്ങും അല്ലെങ്കിൽ പിന്നെ ബൈബിൾ അല്ലെ കാന്തനെ കാണണമെന്നൊരു ആഗ്രഹം അവിടെയും ജനിക്കുന്നില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യം അപ്പൊ ഈ സുബോധം വിട്ടുള്ള ഒരു പരിപാടിയിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലാതെ സുബോധത്തിന്റെ ആത്മാവ് പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിട്ട് ഈ പൂർണ്ണ സ്നേഹത്താൽ ക്രിസ്തുവിനെ നമ്മള് നോക്കി വാഞ്ചിക്കുന്ന ഒരു അവസ്ഥയിലോട്ടല്ല ഈ നരകം അന്തിനായുധ്യ പ്രസംഗങ്ങൾ അറുമാക്കത്തോടെ യുദ്ധമൊക്കെ കൊണ്ടുപോകുന്നത് അതിനു ഒരു മാർക്കറ്റുണ്ട് പിന്നെ ഒരു മാർക്കറ്റുള്ള ഒരു തരം പ്രസംഗങ്ങളാണ് പ്രവചനങ്ങൾ നാളെ എന്ത് സംഭവിക്കും നാളെ അത് സംഭവിക്കും നാളെ ഇത് ഇത് ശരിക്കും ഈ പ്രവചനങ്ങളെ കുറേ ആൾക്കാർ പോകാൻ എന്താണ് കാര്യം നാളെ കുറിച്ചുള്ള അത് നാളെ കുറിച്ചുള്ള വിചാരം മുതലെടുക്കുന്ന പ്രസംഗങ്ങളാണ് അല്ലാതെ അതും നമ്മളെ നാളെ മുല്ലപ്പെരിയാറ് പൊട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം വരാൻ പോകുന്നു അല്ലെങ്കി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അൽഖ അല്ലെങ്കിൽ ഈ ടെറസ്റ്റുകാരും ആൾക്കാരെ കൊല്ലാൻ പോകുന്നു ഇതെല്ലാം ഈ നാളെ കുറിച്ചുള്ള വിചാരം ആൾക്കാരിൽ മുതലെടുക്കുവാണ് വേണ്ടി പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവ ഈ വക പ്രസംഗത്തിന്റെ ആവശ്യമില്ല കാരണം അവൻ നാളെ കുറിച്ച് എനിക്ക് വേണ്ടി മരിച്ച് എന്നെ സ്നേഹിച്ച് എനിക്ക് ഭർത്താവായി തന്നാൽ ഇന്ന് എന്നെ നാളെ എന്നെ അവൻ നോക്കിക്കോളും നാളെ കുറിച്ച് വിചാരപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഒരു മുടി കറപ്പിപ്പാനോ വെളുപ്പിപ്പാനോ നമുക്ക് പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞു പിന്നെ എന്തിനാ പറഞ്ഞ് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഈ വക പ്രസംഗങ്ങളുടെ പുറകെ പോവുകയും ചെയ്യുന്നതിന്റെ കാര്യം നമ്മുടെ പ്രത്യാശയിൽ നിന്നും ജീവനുള്ള പ്രത്യാശയിൽ നിന്നും നമ്മൾ ഒഴുകി പോകുന്നതിൻ്റെ ഒരു സിംറ്റമാണത് അകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ജീവനുള്ള പ്രത്യാശയിൽ നിന്നും ജീവനില്ലാത്ത സ്വർഗം ഒന്ന് സുഖവാസ കേന്ദ്രം ആയിട്ടുള്ള പ്രത്യാശയിലൂടെ ഒഴുകിപ്പോയി അപ്പോ അതാണ് നടക്കുന്നത് ഇനി എന്താണ് ശരിക്കും നമ്മളുടെ ജീവനുള്ള പ്രത്യാശ നോക്കിക്കഴിഞ്ഞാല് അത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു പക്ഷെ അതിനെപ്പറ്റി ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ രണ്ടില് അപ്പോൾ സ്വന്തം കൂടെ തെളിച്ച് പറയുന്നുണ്ട് ഒന്ന് യോഹന്നാൻ മൂന്നിന് രണ്ടു മുതൽ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു അപ്പൊ ചില ആൾക്കാര് പറയാറുണ്ട് സ്വർഗത്തിൽ പോകുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല ആര് പോവെന്നൊക്കെ അതൊക്കെ വെറും കാര്യം വെച്ചാൽ ഒന്ന് യോഗം ഞാൻ അഞ്ചിന്റെ ഇരുവര് പറയുന്നുണ്ട് ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു തന്നെ ആകുന്നു അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു എന്നിട്ട് കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് നിൽപ്പിൻ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത് ദൈവപുത്രൻ വന്നുവെന്നും സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുമെന്നും നാം അറിയുന്നു അപ്പൊ ആ സത്യ ദൈവത്തെ നിത്യജീവൻ നിത്യജീവൻ എന്താന്ന് കർത്താവ് പറയുന്നുണ്ട് സ്വർഗത്തിൽ പോവാന്നുള്ളതല്ല എന്നെ അയച്ച പിതാവിനെയും അവൻ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നുണ്ട് ആ അറിവാനുള്ള വിവേകം തന്നു എന്ന് പറയുന്നുണ്ട് ആ വിവേകം ലഭിച്ചവർക്ക് ഉറപ്പാണ് എന്തറപ്പാണ് അവര് നിത്യജീവൻ പ്രാപിച്ചുറപ്പാണ് അത് ഇനി ഇനി കർത്താവ് വന്നിട്ട് ആ ഒരു തീരുമാനമാക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ ഒന്നി യോഹനാൻ മൂന്നിന്റെ രണ്ടിൽ പറയുന്നുണ്ട് പിന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഏർ ഒന്നി യോഹന അഞ്ചിന്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു എന്നാണ് തരും എന്നുള്ളതല്ല ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് പുത്രനുള്ളവന് ജീവൻ ഉണ്ട് പുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല ഒന്ന് യോഹനൻ അഞ്ചിന്റെ പതിമൂന്ന് പറയുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് അപ്പൊ യോഹന എഴുതിയതിനാണ് നിത്യജീവൻ കിട്ടുവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയാനുണ്ട് അത് നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് മുന്നോട്ട് പോകണം നമ്മളുടെ പിതാവിന്റെ ബോധത്തിലേക്ക് നമുക്ക് ധാരാളമായിട്ടുള്ള പ്രവേശനം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആരോടും ചോദിക്കാത്ത ഉയർച്ചയിലാണ് അതിന്റെ അർത്ഥം നമുക്ക് സ്വാതന്ത്ര്യ തോന്നിട്ടിരിക്കുവാണ് കർത്താവിന്റെ ജഡത്തിന്റെ തിരശീല കീറിയപ്പോൾ ഒരു ജീവനുള്ള പുതുവഴി അന്ന് വരെ ആ അതിവിശ്വ സ്ഥലത്തോട്ട് ഉണ്ടായിരുന്നില്ല തിരശ്ശീല കീറി ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് തന്നിരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് ഈ പ്രത്യാശ നമുക്കൊരു അങ്കൂലമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി അപ്പൊ ഒന്ന് ഈ ഓഹന മൂന്നില് ഈ ജീവനുള്ള പ്രത്യാശയെപ്പറ്റി പറയുന്ന ഇതാണ് പ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല ഇപ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു എങ്ങനെയാണ് ദൈവമക്കളായത് പുത്ര ആത്മാവും നമ്മളിൽ വന്നപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവ് ലഭിച്ച നമ്മൾ നമ്മളുടെ ആത്മാവും പുത്രന്റെ ആത്മാവ് അടുത്ത് ഏകാത്മാവായി പുത്രൻ നമ്മളുടെ ഭർത്താവായും മാറിയപ്പോൾ നമ്മൾ ദൈവമക്കളായി അപ്പോൾ നമ്മൾ നമുക്കത് അറിയാം എന്താണറിയുന്നത് നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ഇനി നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന പുതിയ ശരീരം അത് എങ്ങനെയാണെന്നോ അതിന്റെ ഇതെങ്ങനെയാണെന്നൊന്നും അത് കർത്താവ് പ്രത്യക്ഷമായാലേ അറിയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ഒത്തിരി ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ കിട്ടും പറയുന്നുണ്ട് വെറും ദോഷക്കാണ് യോഗനാൻ തന്നെ പറഞ്ഞു അത് അവൻ പ്രത്യക്ഷമാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ഇപ്പം കൂടുതൽ ഇങ്ങനെ പ്രസംഗിച്ചും ആൾക്കാരെ ഇങ്ങനെ ഈ അവരുടെ ജിജ്ഞാസയെ മുതലെടുത്ത് അവരെ ത്രസിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രസംഗങ്ങളും കൊണ്ട് വേറെ കുറെ ആൾക്കാർ വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ശരീരത്തിനെ പറ്റിയൊക്കെ ഉള്ളത് അപ്പൊ അത് നമുക്ക് എന്തായാലും പറയുന്നുണ്ട് ഏർ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു യോഹനാൻ മൂന്നിന് രണ്ട് നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷം ആയില്ല ഒരു കാര്യമുണ്ട് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നത് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു പറയുന്നുണ്ട് അപ്പൊ അവനോട് സദൃശ്യന്മാരാകും അപ്പൊ അവനോട് സദൃശ്യന്മാരാകും പുതിയ ശരീരം നമുക്ക് കിട്ടാൻ നേരം നമ്മള് ക്രിസ്തുവിനെ പോലെ തന്നെ ആകും എന്ന് പറയുന്നുണ്ട് ഈ നമ്മളെ പിതാവ് നമ്മളെ നോക്കാൻ നേരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തുവിനെ പറ്റി പറയുന്നത് പോലെ തന്നെ നമ്മളെ നോക്കിയിട്ട് മോനെ നിന്നെ കണ്ടാൽ എൻ്റെ പുത്രനെ പോലെ തന്നെ ഇരിക്കുന്നു ഏ നീ അതുകൊണ്ട് എന്നെ പോലെ തന്നെ ഇരിക്കുന്നു നമ്മളുടെ മക്കള് നമ്മൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു വരാൻ നേരം നമുക്കുണ്ടാവുന്ന സന്തോഷം അതേ സന്തോഷം പിതാവിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യാശ ഇതിനെ പറ്റി നമ്മള് ഏർ ഏർ ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിന്റെ ഏർ നാൽപ്പത് മൂല് വായിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നാപ്പത്തി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് ൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും എന്ന് പറയുന്നുണ്ട് മണ്ണ് കൊണ്ടുള്ള ആദാമിന്റെ പ്രതിമ നമ്മൾ ധരിച്ചതുപോലെ അപ്പൊ ആദാം എങ്ങനെ ആയിരുന്നു മണ്ണ് കൊണ്ടുണ്ടാക്കിയായിരുന്നതുപോലെ സ്വർഗീയനായ ക്രിസ്തുവിന്റെ പ്രതിമ നമ്മൾ ധരിക്കും പ്രതിമ നമ്മൾ ധരിക്കുന്ന ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നുള്ളതാണ് എന്റെ അർത്ഥം നമ്മളെ നോക്കാൻ തരം ആൾക്കാർ ക്രിസ്തുവിനെ കാണാൻ പറ്റും ഇന്ന് അത് കാണുന്നത് പോലെ കാണുന്നതിനേക്കാൾ ഇന്ന് ദൈവമക്കൾ ആരാണ് വെളിപ്പെട്ടിട്ടില്ല എന്നാ പറഞ്ഞത് സകല സൃഷ്ടിയും ദൈവമക്കളുടെ വെളിപാടിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അന്ന് ദൈവമക്കൾ ആരാ നമ്മൾ വെളിപ്പെട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും പുത്രന്റെ അതേ സാദൃശ്യത്തിലുള്ളവരാണെന്നും വെളിപ്പെടും അപ്പൊ ആ പുത്രന്റെ അതേ സാദൃശ്യം പ്രാപിക്കാനായിട്ടാണ് നമ്മുടെ പ്രത്യാശ പുത്രനെ പോലെ തന്നെ പുത്രനെ നമ്മൾ കാണും പുത്രനെ പോലെയാകും എന്നാണ് പ്രത്യാശ ഇനി ഈ പ്രത്യാശ ശരിക്കും ദൈനംദിന ജീവിതത്തിൽ പ്രത്യാശ ഉള്ളവരെ തെളിവ് പറയുന്നുണ്ട് യോഗന അതാണ് നമ്മൾ ശ്രദ്ധിക്കണത് കാരണം പല ആൾക്കാർക്കും പ്രത്യാശയുണ്ട് യഥാർത്ഥ പ്രത്യാശ ഒരുത്തിന്റെ എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിത ശൈലി നോക്കിയാൽ മതി അവന്റെ ജീവിത നോക്കിയാൽ അവന്റെ പ്രത്യാശ എന്താന്ന് അറിയാൻ പറ്റും ഇവിടെ യോഹ മൂന്നിന്റെ മൂന്ന് പറയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം ഏത് പ്രത്യാശ നമ്മള് സ്വർഗീയന്റെ പ്രതിമ ധരിക്കും ക്രിസ്തുവിനെ പോലെയാകും അവന്റെ സാദൃശ്യത്തിലാകും അവനെ പോലെ തന്നെ ആകും എന്ന് പ്രത്യാശയുള്ളവൻ അവനിൽ ഈ പ്രത്യാശനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു അപ്പൊ ഓരോ ദിവസവും ഈ പ്രത്യാശ ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ എന്താണ് നമ്മളുടെ ആഗ്രഹം ഇന്ന് അത് ഇതും വേണമെന്നാണോ അത് ഇതും സംഭവിക്കണം എന്നാണോ ഏഹ് കർത്താവ് കൊണ്ട് ഈ ജഡത്തിലെ കഷ്ടം വിട്ടു പോണമെന്നാണോ അതോ അവൻ നിർമ്മലനായിരിക്കുന്നത് ഞാൻ നിർമ്മലനാവേണ്ടതിന് എന്നെ തന്നെ നിർമ്മലീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് ആ വിശുദ്ധീകരണത്തിന്റെ ആ വഴിയെ നടക്കുക ആ ജീവനിലേക്കുള്ള ഇടുക്കു വഴി ജീവന്റെ ഇടുക്കു വഴിയിൽ നടക്കുക എന്നുള്ളതാണ് ഒരാളുടെ താല്പര്യം നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പ്രത്യാശ എന്താന്ന് മനസ്സിലാവും അപ്പൊ വിശുദ്ധീകരണം അല്ലെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കാൻ ആഗ്രഹം നമുക്കില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയിൽ നിന്നും വേറെ ജീവനില്ലാത്ത ഏതൊക്കെയോ പ്രത്യാശയിലൂടെ നമ്മള് ശരിക്കും ഒഴുകി പോയി അത് വളരെ അപകടപരമാണ് അതിനെപ്പറ്റി എബ്രുവരി രണ്ടിൽ നമ്മൾ വായിച്ചു ഭൂതന്മാര് പറഞ്ഞ കാര്യത്തിന് അനുസരണക്കായിട്ട് കാണിച്ചെങ്കിൽ അവർക്ക് വന്ന ന്യായമായ പ്രതിഫലം ശിക്ഷ അതിനെ പറയുന്നുണ്ട് അപ്പൊ ചിലരെ ഭൂമി വിഴുങ്ങിപ്പോയി ചിലര് സർപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ മരുഭൂമിയിൽ സംഭവിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ രക്ഷയെ ഇത്ര വലിയ രക്ഷ പറഞ്ഞാൽ സ്വർഗത്തിക്കൊണ്ടു ക്രിസ്തു വരാൻ നേരം അവന് സദൃശ്യരാകുന്നുള്ളതാണ് സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് അവനെ പ്രതിഫലിപ്പിക്കും എന്നുള്ളതാണ് ക്രിസ്തുവിനെ പോലെ തന്നെയാകുന്നുള്ളതാ അപ്പോ തേജസ് ഉള്ള പുത്രന്മാരെ പിതാവിന് കിട്ടും എന്നുള്ളതാണ് ക്രിസ്തുവിനെ ഇവിടെ അയച്ചത് വെറുതെ കുറെ ജടികന്മാരെ ഏർ ഒരു സുഖ സ്വർഗം എന്ന കേന്ദ്രത്തിൽ കൊണ്ടുപോകാനല്ല തൻ്റെ തേജസ് ഉള്ള പോലെ നിർമലരും വിശുദ്ധരുമായ തേജസ് ഉള്ള പുത്രന്മാരെ പിതാവിന്ടെ അതേ രൂപം പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന പുത്രന്മാരെ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം നമുക്ക് അറിയാം ഏഹ് നമ്മള് പലപ്പോഴും പല ആൾക്കാർ ഒഴുകിപ്പോയിട്ടുണ്ട് ഇപ്പം എന്തൊക്കെ കുറെ നാളൊന്നും ഞാനിങ്ങനെ ആൾക്കാരോട് ചോദിച്ചു എന്താണ് ക്രിസ്ത്യയുടെ പ്രത്യാശ അപ്പൊ ചെലത് പറയാൻ ദൈവം നടത്തും അത് ജാതികൾക്കും പിന്നെ ചെലു പറയും ഭർത്താവരം നമ്മൾ എടുക്കപ്പെടും അതൊരു ഒഴുകിപ്പോക്കാണ് കാരണം ഈ എടുക്കപ്പെടുന്നത് പറഞ്ഞാൽ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നവളാണ് അല്ലാതെ ക്രിസ്തു ഈ പ്രത്യാശ ഉള്ളവൻ അവന്റെ ജീവിതശൈലി നോക്കി അറിയാൻ പറ്റും അവനെന്നും ക്രിസ്തു നിർമ്മലനായിരിക്കുന്നതുപോലെ തങ്ങളെ തന്നെ തന്നെ നിർമ്മലീകരിക്കും ഈ പ്രത്യാശ ഇല്ലാത്തവന്റെ ജീവിതശൈലി അടുത്ത് പറയുന്നുണ്ട് യോഹനൻ പാപം ചെയ്യുന്ന നാലാം വാക്യം ഒന്ന് യോഹനൻ മൂന്ന് പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ അപ്പൊ പാപം ചെയ്ത് ജീവിക്കുന്നതിന് ഈ പ്രത്യാശയില്ല പക്ഷേ നമുക്ക് പിന്നെയും തരുന്ന എന്തെന്താന്ന് വെച്ചാല് പാപം ചെയ്യുന്ന അധർമ്മം ചെയ്യുന്നു പാപം അധർമ്മം തന്നെ വേറെ പേരെന്ന് വിളിച്ചിട്ട് കാര്യമില്ല ബലഹീനതാന്ന് വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ബലഹീനതാന്ന് വിളിക്കാതെ പാപം എന്ന് വിളിച്ചാൽ ഒരു ഗുണമുണ്ട് അതാണ് പറയുന്നത് പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നില്ല ആ ലൈഫ് സ്റ്റൈൽ പാപത്തിന്റെ അല്ല പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത് അവൻ നീതിമാനായിരിക്കുന്നതുപോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു പാപം ചെയ്യുന്നവൻ പിശാശിന്റെ മകനാകുന്നു പിശാഷ് ആദ്യം മുതൽ പാപങ്ങൾ ചെയ്തുവല്ലോ പിശാശിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി അപ്പം നമ്മള് നമ്മളെ പരിശോധിക്കണം എൻ്റെ ഒരു ദിവസം ഞാൻ അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ നിർമ്മലനായി ഇരിക്കണം എന്നുള്ളതല്ല നമ്മളുടെ ജീവിതശൈലി എങ്കിൽ നമുക്ക് ഈ പ്രത്യാശയില്ല ഈ പ്രത്യാശയില്ലാത്തവൻ പാപത്തിൽ ജീവിക്കും പക്ഷെ എങ്കിൽ കൂടെ പിശാശിന്റെ മകനായിട്ടാ ജീവിക്കുന്നെങ്കിൽ കൂടെ പിശാശിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ഈ ക്രിസ്തു വെളിപ്പെട്ടത് അപ്പൊ നമ്മളുടെ പാപങ്ങളെ ബലഹീനതകളൊന്നും ഒന്നും വിളിക്കാതെ പാപത്തിനെ പാപമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും കർത്താവ് ആ പാപം പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു പറയുന്നുണ്ട് ആ പാപങ്ങളെ നീക്കി അവൻ നിർമ്മലരായിരിക്കുന്നത് നമ്മളെയും നിർമ്മലരാക്കി നമ്മളെ മുന്നോട്ട് നടത്തും എഫ് എ സിയർ നാലിൻ്റെ നാല് വായിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് എഫ് എ സിയർ നാല് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക നിങ്ങളെ വിളിച്ചതുപോലെ അപ്പൊ നമ്മളെ വിളിച്ചപ്പോ പല പല പ്രത്യാശകൾക്കായിട്ടില്ല വിളിച്ചത് ഏക പ്രത്യാശയ്ക്കാണ് വിളിച്ചത് എല്ലാവർക്കും ക്രിസ്തു വീണ്ടും ജനിച്ചവർക്ക് ഒരു പ്രത്യാശയുള്ളൂ ഈ നേരത്തെ പറഞ്ഞ പ്രത്യാശയാണ് ക്രിസ്തുവിനെ പോലും ആഗ്രഹപ്പെടുത്തി അപ്പൊ ഏക പ്രത്യാശയായിട്ടാണ് നമ്മൾ വിളിച്ചത് പല പല പ്രത്യാശകൾ പല പല ആൾക്കാർക്ക് വിളിച്ചിട്ടില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോ ഒന്ന് പത്രോസ് ഒന്നിന്റെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഈ പ്രത്യാശ അല്ലാതെ വേറൊരു പ്രത്യാശ ക്രിസ്ത്യാനിക്ക് ഇല്ല വേറെ ഏതെങ്കിലും പ്രത്യാശ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴുകിപ്പോയി ആ ഒഴുകിപ്പോയെങ്കിൽ നമ്മൾ അനുസരണക്കേട് കാണിക്കുവാണ് അതിന് നമുക്ക് തന്നിരിക്കുന്ന വാർണിംഗ് ഫെബ്രുവരി തന്നിട്ടുണ്ട് ന്യായമായ ശിക്ഷ ഭൂതന്മാർ ഭൂമാത്രം സംസാരിച്ച വാചനത്തിന് ന്യായമായ പ്രതികൾ അവർക്ക് നമുക്ക് എത്ര അധികം പറയുന്നത് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനേഴ് വായിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് പ്രവർത്തിക്കു തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലം ഭയത്തോടെ കഴുപ്പിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന ചപ്പ് വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പം ഇവിടെ കാണുന്ന പൊന്ന് വെള്ളീനേക്കായും വിലയേറിയൊരു കാര്യമാണ് ക്രിസ്മൻ രക്തം എന്ന് ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പ്രവാസ കാലമാണെന്ന് പറയുന്നുണ്ട് നമ്മളുടെ ഈ ഭൂമിയിലുള്ള കാലം പ്രവാസകാലമാണ് പ്രവാസകാലം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഇവിടെ ഈ പ്രവാസം കഴിഞ്ഞാൽ നമ്മൾ വീട് ഇതല്ല നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒന്നും വെച്ചിട്ട് കാര്യമില്ല സ്വന്തമായിട്ട് ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാലും ഈ പ്രവാസകാലം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ അബ്രഹാമിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പ്രവാസകാലത്ത് അബ്രഹാം എങ്ങനെയാണ് ജീവിച്ചെന്നുള്ളത് അബ്രഹാമിന് കിട്ടിയ സ്വന്തമായിട്ട് കിട്ടിയ ഭൂമിയിൽ വീട് വയ്ക്കാതെ കൂടാരത്തിൽ അബ്രഹാം താമസിച്ചു കാര്യം എന്താണ് മുകളിലുള്ള ദൈവം കൈപ്പണിയായ ദൈവത്തിന്റെ അടിസ്ഥാനമുള്ള ഒരു പട്ടണമാണ് അബ്രഹാം നോക്കിയത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അബ്രഹാം കൊണ്ട് ഇസാഖിനെ കൊല്ലാനായിട്ട് കിടത്തിയപ്പോ ഇസാഖ് ഒന്നും മിന്തില്ല കാര്യം എന്താണ് ഇവരാരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ വേണ്ടിയല്ല ജീവിച്ചത് ഇവരിവിടെ പ്രവാസികളാന്നറിയായിരുന്നു ഇസാക്കിനെ സംബന്ധിച്ചുള്ള അപ്പൻറെ വിശ്വാസം കണ്ടിട്ടുണ്ട് അപ്പൻ ഇവിടെ എന്താ പറയാ ഇവിടെ ജോലി ഉണ്ടാക്കി ഇവിടെ ലോകത്തിനെ മാനം മേടിക്കാനോ ഇവിടെ വീടുണ്ടാക്കാനോ എൻ്റെ അപ്പൻ നടക്കുന്നത് എൻറെ അപ്പൻ നോക്കി ജീവിക്കുന്നത് സ്വർഗത്തിലെ ഒരു പട്ടണം ദൈവം കൈപ്പിണിയായ അടിസ്ഥാനമൊക്കെ ദൈവം അടിസ്ഥാനം ഇട്ട ആ സ്വർഗീയ പട്ടണമാണ് അപ്പൻ നോക്കുന്നത് അതേ വിശ്വാസത്താൽ തന്നെ ആ കർത്താവിൻ്റെ പത്യോപദേശത്തിൽ വളർത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞു മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഇസാക്കിനെ കൊല്ലാൻ വേണ്ടി ആ യാഗ വെച്ചപ്പോൾ ഇസാഖ് അനങ്ങിയൊന്നുമില്ല കാരണം എത്രയും പെടുന്ന അപ്പനേക്കാൾ മുൻപേ ഈ പട്ടണത്തിൽ പോകാൻ പറ്റും എന്നാണ് ഇസാഖ് ചിന്തിച്ചത് അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ഈ മക്കൾക്ക് കൊടുക്കാൻ പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ വിശ്വാസമാണ് തിമോഹത്തിനെ പറ്റി പറയാൻ നേരം പറയുന്നുണ്ട് നിന്റെ അമ്മയിലും നിന്റെ അമ്മുമ്മയിലും ഉണ്ടായിരുന്ന ആ വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമോത്തിയുടെ ആ അപ്പൻ എന്ന് പറഞ്ഞാല് യഹൂദനായിരുന്നില്ല തിമോത്തിയുടെ അമ്മ യഹൂദയായിരുന്നു അപ്പൻ ഗ്രീക്കായിരുന്നു എന്ന് വെച്ചാല് ഈ യഹൂദന്മാര് വേറെ ആൾക്കാര് കല്യാണം കഴിക്കാൻ പാടില്ല പക്ഷെ അമ്മ ആ എന്താ പറയാ ആ യൗവനകാലത്ത് ഒരു തന്നെ ഗ്രീക്ക് ഒരുത്തിൻ്റെ പോയി എങ്കിലും അമ്മ തിരിച്ചുവന്ന് അമ്മമ്മയുടെ വിശ്വാസം പിന്നെയും മാനസാന്തരപ്പെട്ടു വന്ന് മകനെ ആ വിശ്വാസത്തിൽ വളർത്തി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ മക്കൾക്ക് കൊടുക്കാൻ പെടുന്ന ഏറ്റവും വലിയ കാര്യം ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞ കാര്യമാണ് അല്ലാതെ അവർക്ക് നല്ല ജോലിയോ ഒരു നല്ല ഭർത്താവോ അല്ലെങ്കിൽ ഒന്നുമല്ല ഈ അതിവിശുദ്ധ വിശ്വാസം മാത്രം വിദ്യാഭ്യാസം പോലും ഈ അതിവിശുദ്ധ വിശ്വാസമാണ് നമ്മൾ നമ്മളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഈ അതിവിശുദ്ധ വിശ്വാസം നമ്മൾ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ലോകത്ത് പരദേശികളായിട്ട് ജീവിക്കുന്നവർ കാണണം നമ്മൾ ഈ ലോകത്തിൽ സ്വദേശിയായിട്ട് ജീവിക്കുകയും പരദേശിയുള്ള പാട്ട് പാടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ശുദ്ധ പോഷകാന്ന് മക്കൾക്ക് ഉള്ളി മനസ്സിലാവും പിന്നെ അപ്പനോടും അമ്മയോട് സ്നേഹം കാരണം പുറത്തു പറയുക തന്നെ ഉള്ളു അപ്പോ അവിടെയാണ് ഈ ഒന്ന് പത്രം സ്വന്നിന്റെ പനികൾ പറയുന്നത് മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കൊണ്ട് ന്യായം വിധിക്കുന്ന നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിന് അപ്പൊ ഈ പണ്ട് ഒരു ദൈവദാസൻ പോയിട്ട് ഈ വീണ് പോയ ദൈവദാസന്മാരുടെ ഒരു ഇന്റർവ്യൂ എടുത്തു അപ്പൊ ഈ വീണു പോയ ദൈവദാസന്മാരെ പല രീതിയിൽ വീണ് പോയരുണ്ട് അപ്പൊ അവരെല്ലാരും പറഞ്ഞ ഒരു കാര്യമുണ്ട് അവര് വീണ് പോകാൻ കാര്യമുണ്ട് അവരുടെ ശുശ്രൂഷയൊക്കെ ദൈവം കുറെ അനുഗ്രഹിച്ചു കഴിഞ്ഞു അവർ വിചാരിച്ചു ഇവര് ദൈവത്തിന് എന്തോ സ്പെഷ്യൽ ആൾക്കാരാ ബാക്കിയുള്ളവരെ കുറ്റമൊക്കെ ദൈവം ന്യായം വിധിക്കും പക്ഷെ ഇവരുടെ കുറ്റമൊക്കെ ദൈവം കണ്ണടക്കും കാരണം ദൈവത്തിനോട് ഇത്രയും ചെയ്തല്ലേ അതുകൊണ്ട് ഇവരുടെ കുറ്റമൊന്നും ദൈവം അങ്ങനെ കാര്യമായിട്ട് എടുക്കില്ലാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത് മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്ന അപ്പോ നമ്മൾ ഈ ഈ ലോകം ഇവിടെ പ്രവാസികളായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നതിനാണ് നമ്മളുടെ പിതാവ് നമ്മള് വിശ്വസിക്കുന്നില്ല നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ദൈവം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഈ ഒരു കൊച്ചു കുസൃതിയാണ് ഏർ നമ്മളെ ഏഹ് ദൈവം ഇങ്ങനെ കൊച്ചു കള്ളാന്നെ വിളിച്ച് ബാക്കിയവരൊക്കെ ദൈവം ശിക്ഷിക്കും നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കൊച്ചു കള്ളാന്നെ കുളിച്ച് കൊണ്ടുപോകുന്നതാണ് നോവപക്ഷം അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രവാസികളായിട്ട് ജീവിക്കാത്തത് നമുക്കറിയാം മോശേനെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഇട്ട് തയ്യാറെടുപ്പിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഈ മോശേനെ പരിച്ഛേദന ചെയ്യാത്തത് കാരണം അവനെ കൊല്ലുവാൻ വേണ്ടി വന്നു പറയുന്നുണ്ട് എന്നിട്ട് മോശയുടെ ഭാര്യ പരിചയനം ഒക്കെ പരിശോധന ചെയ്തുകൊണ്ടാണ് മോശ രക്ഷപ്പെട്ടത് അപ്പൊ ദൈവത്തിന് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ആൾക്കാരൊന്നും ഇല്ല ദൈവത്തിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓ ഇവൻ ഭയങ്കര സ്പെഷ്യൽ ഇവനെ അങ്ങ് വിട്ട് കളഞ്ഞാൽ ഇനി ഈ എന്റെ സ്വർഗരാജ്യം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ പോകുന്നുണ്ട് ഇവനെ ഇവനെ ചെറിയ കുസൃതി ആണേലും ഇവരെ ഇങ്ങനെ സഹിച്ചിങ്ങനെ കൊണ്ട് നടന്നേ എന്റെ കാര്യം നടക്കുകയുള്ളു ദൈവരാജ്യം മുന്നോട്ട് പോകണം ഇവൻ വേണമൊന്നും ദൈവത്തിനില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു അപ്പൊ ഈ ഇവിടെ ഈ ശരിക്കും നമുക്ക് ഈ പ്രത്യാശമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പരദേശികളായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ ഈ മുഖപക്ഷം ഇല്ലാത്തവനാണെന്ന് മനസ്സിലാക്കി കൊണ്ട് മാത്രം പരദേശിയായിട്ട് ജീവിക്കാൻ പറ്റില്ല പരദേശിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ദേശത്തെ കുറിച്ചൊരു വേണം ആ ദേശം പറഞ്ഞ സ്ഥലമല്ല ആ നമ്മളുടെ ക്രിസ്തുവാണ് ആ വാക്ത ദേശം കാരണം ന്യായപ്രമാണം വരുവാനുള്ള കാര്യങ്ങൾ നിഴലാക്കുന്നു പറയുന്നു അതിന്റെ യാഥാർത്ഥ്യം ശരീരം പോ ക്രിസ്തു ആണെന്നാ പറഞ്ഞത് സ്വർഗമാണെന്നല്ല പറഞ്ഞു ഇപ്പൊ ന്യായപ്രമാണത്തിൽ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും ക്രിസ്തുവിന്റെ മഹിമാധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സുഖവാസ കേന്ദ്രം സ്വർഗം സുഖവാസ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഒന്ന് 4 നാലിന്റെ മൂന്ന് നമ്മൾ വായിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഒന്ന് തെസ്ലോനിയർ നാലിന്റെ മൂന്ന് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ ഇപ്പൊ ദൈവഹിതം അന്വേഷിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ച് ഒത്തിരി പേർ നടപ്പുണ്ട് ദൈവഹിതം എന്താണെന്ന് അറിയണം ദൈവം എന്താ അറിയണം ഇതാണ് നിങ്ങളുടെ വിശുദ്ധീകരണം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം ദൈവഹിതം ആ വിശുദ്ധീകരണ ബാധയിൽ കൂടെ നടക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സ് പുതുക്കി രൂപാന്തരം എന്ന് പറഞ്ഞ ഒരു കാര്യം ലഭിക്കുകയും ആത്മാവിന്റെ മനസ്സ് ലഭിക്കുകയും ആത്മാവിന്റെ നടത്തിപ്പ് ലഭിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് ദൈവാത്മാവ് പറഞ്ഞുതരും പക്ഷെ ഈ വിശുദ്ധീകരണത്തിന്റെ ബാധയിൽ കൂടെ നടന്നില്ലെങ്കിൽ നമുക്ക് ഏർ നേരെ ചോയുള്ള വാതിലിൽ കൂടെ കയറാതെ വളഞ്ഞ വഴിയായിട്ട് പ്രവാചകൻ വഴി ദൈവഹിതത്തിലോട്ട് കയറേണ്ടി വരും ആ വളഞ്ഞ വഴി കയറുന്നവൻ കളനാന്നാ പറഞ്ഞത് കാരണം അവന് വിശുദ്ധീകരണത്തിന്റെ ഭാഗം നടക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവന് ഈ ദൈവം ദൈവാലോചന കിട്ടാത്തത് കൊളോസ്യർ ഒന്നിന്റെ ഇരുപത്തെട്ട് വായിച്ചു കഴിഞ്ഞാല് കൊളോസ്യർ ഒന്നിന്റെ ഇരുപത്തെട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ പറയുന്നു അങ്ങനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ എന്നുവെച്ചാല് അപ്പോസന്മാര് പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു അപ്പൊ പോരാട്ടം പോരാട്ടം എന്ന് പറയാൻ തന്നെ ഈ പോരാടി അധ്വാനിക്കുന്നത് നമ്മൾ പ്രാർത്ഥന പറ്റിയാണ് പറയുന്നത് പ്രാർത്ഥനയിൽ പോരാടി എന്ന് പറയുന്നുണ്ട് അപ്പോ ഒരു ദൈവദാസൻ എന്താണ് ചെയ്യേണ്ടത് എന്തിനാണ് പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ഇതാണ് കാര്യം ഒന്നിന്റെ ഇരുപത്തെട്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികവുള്ളവനായി നിർത്തണം നമ്മള് ആരോടെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പോരാട്ടമേ ഉള്ളൂ രണ്ടാമത് കർത്താവ് വരാൻ നേരം ദൈവത്തിന്റെ പിതാവിന്റെ മുൻപാകൻ ക്രിസ്തുവിൽ തികവുള്ളവനായിട്ട് നിൽക്കണം അല്ലാതെ അവന്റെ ഭൗതിക നന്മകൾ കുറെ ഇവനെ എന്നും ഒരു ശൈശവാവസ്ഥയിൽ നിർത്തി കൊണ്ടുപോകാനല്ല ഇവനെ ക്രിസ്തുവിനെ തികവുള്ളവനായി നിർത്താൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികവുള്ളവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നുണ്ട് ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവരെ വ്യാപാര ശക്തിക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ശക്തിക്ക് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവന്റെ ശക്തിയിൽ ഈ പ്രബോധനവും ഉപദേശവും കൊടുക്കാൻ ഇവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ വേണ്ടിയാണ് നമ്മളുടെ പോരാട്ടം അല്ലാതെ ഈ പോരാട്ടം തന്നെ വേറെ പല രീതിയിൽ ആൾക്കാർ ഒളച്ചൊടിച്ച് ആവശ്യം ഇല്ലാത്തൊരു പോരാട്ടം നമ്മൾ പലപ്പോഴും പോരാടുന്നുണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ കൂത്തുകാഴ്ചയാക്കി എങ്ങനെയാണ് ന്യായപ്രമാണം എടുത്ത് ക്രിസ്തുവിന്റെ ക്രൂശിലോട്ട് തടച്ചു നമുക്കുള്ള പല പോരാട്ടവും ഈ ന്യായപ്രമാണത്തിന്റെ ക്രിസ്തുവിന്റെ ജീവന്റെ അടിയിൽ വരാത്തതിന്റെ കാര്യം വരാത്തത് കൊണ്ടാണ് അതിന് വേണ്ടത് ഈ ന്യായപ്രമാണത്തെ വലിച്ചെറിഞ്ഞ് കളയാന്നുള്ളതാണ് ന്യായപ്രമാണത്തിന് വിരുദ്ധമായ ഒരു ജീവിതശൈലി നയിക്കണം എന്നല്ല നമ്മള് ഒരു ന്യായപ്രമാണം മോശ ന്യായ പ്രമാണം കഴിയാൻ നേരം കളയാൻ നേരം അകത്ത് ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം എന്നയപ്രമാണം ആത്മാവിന്റെ പ്രമാണം എന്ന പ്രമാണം കിട്ടുന്നുണ്ട് അതിന്റെ വിശ്വാസത്തിന്റെ പ്രമാണം വിളിക്കുന്നുണ്ട് അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം വിളിക്കുന്നുണ്ട് യാക്കോബ് വേറൊരു അകത്തുള്ളൊരു ജീവന്റെ പ്രമാണം അതിനാൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് നമ്മളെ തന്നെ ഭർത്താവായി ഏൽപ്പിച്ചു തന്നത് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രത്യാശ നമ്മളെ ശുശ്രൂഷ ഒക്കെ എന്തിനാണെന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒഴുകിപ്പോക്ക് വരും പിന്നെ നമ്മള് ഈ കർത്താവ് വന്ന് ഇപ്പം എടുക്കുന്നുള്ള ഈ അന്ത്യകാലത്തെ പറ്റിയുള്ള ധർമ്മകഥ യുദ്ധം പിന്നെ ഈ ന്യായവിധീയനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ കേട്ട് സുബോധം കളയുക ആവശ്യമുള്ള പ്ര ഇതിന്റെയൊക്കെ പുറകെ പോയി വെറുതെ സമയം കളയുകയുള്ളൂ കാരണം ഇതിന്റെയൊക്കെ പുറകെ പോകുന്നവര് ഇത് കഴിഞ്ഞ നല്ല കാല പരിപാടി ഇതെല്ലാം മറക്കും പക്ഷെ ജീവനുള്ള പ്രത്യാശ ഉള്ള ഒരു വ്യക്തി നല്ല കാലത്തും ചീത്തകാലത്തുമെല്ലാം ഒരു കാര്യമാണ് ചിന്തിക്കുക അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ ഞാനും നിർമ്മലനായിരിക്കണം ഞാനിവിടെ ഒരു പരദേശിയാണ് എനിക്കിവിടെ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ സ്ഥലമോ വീടോ ഒന്നും ഉള്ളതോ ഇല്ലാത്തതോ ഒന്നും അല്ല കാര്യം അവിടെ ക്രിസ്തുവിൽ ഒരു നിക്ഷേപം ഉണ്ട് ക്രിസ്തുവിൽ വാടാത്തതും എന്താ പറയാ കറപ്ഷൻ അഴുകിപ്പോകാത്തമായിട്ടുള്ള ഒരു നിക്ഷേപം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതിനെപ്പറ്റിയാണ് നമ്മളപ്പം തുടങ്ങിയത് ഒന്ന് പത്രോസ് ഒന്നിന്റെ മൂന്നിലാണ് തുടങ്ങിയത് ഒന്ന് പത്രോസ് ഒന്നിന്റെ മൂന്നിന്റെ അടിയിലോട്ട് വരാൻ നേരം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി നമ്മുടെ ജീവനിലെ പ്രത്യാശയെ പറ്റിയാണ് ഒന്ന് പത്രോസ് നമ്മൾ വായിച്ചു തുടങ്ങിയത് ഒന്ന് പത്രോസ് ഒന്നിന്റെ മൂന്നില് നമ്മൾ വായിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്ത്രോത്രം അവൻ മരിച്ചവരിടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മളെ ജീവനുള്ള പ്രത്യാശിക്കായി അപ്പം ജീവനുള്ള പ്രത്യാശ എന്താ നമ്മൾ മനസ്സിലാക്കി അതിൽ ഒഴുകി പോകരുത് ക്രിസ്തു ആണ് പോലെ നമ്മൾ ആകും അവന് സദൃശരാകും ആ സ്വർഗീയന്റെ ശരീരം നമ്മൾ ആ സ്വർഗീയന്റെ പ്രതിമ നമ്മൾ ധരിക്കും എന്നുള്ളതാണ് അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് അപ്പോ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുന്റെ പിതാവായ ദൈവകൃഷ്ണ സ്ത്രോത്രം ഒന്ന് പത്രോ ഒന്നിന്റെ മൂന്ന് അവൻ മരിച്ചവരിടയിൽ നിന്നുള്ള യേശുക്രിസ്തു പുനർദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവശക്തിയിലാണ് നമ്മൾ കാക്കപ്പെടുന്നത് നമ്മളുടെ ശക്തിയോ നമ്മളുടെ ഇച്ഛാശക്തിയോ ഒന്നും കൊണ്ടല്ല ദൈവശക്തിയാൽ പരിശുദ്ധാത്മാവിനെയാണ് നമ്മളെ സൂക്ഷിപ്പാനായിട്ട് എഴുതിയിരിക്കുന്നത് ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു നമ്മളുടെ അവകാശം ഇവിടെ അല്ല അത് നമ്മൾ എപ്പോഴും എപ്പോഴും എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് അവകാശങ്ങൾ കിട്ടാതെ വരാൻ നേരം നമുക്ക് സങ്കടം പലപ്പോഴും നമ്മളെ പറ്റിച്ചെടുക്കും നമ്മളുടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമ്പത്തിന്റെ അപഹാരം സന്തോഷത്തോടു കൂടെ ക്ഷമിക്കാനുള്ള ഒരു കൃപയാണ് നമുക്ക് തന്നിരിക്കുന്നത് പറയുന്നത് കർത്താവ് അങ്ങനെയായിരുന്നു കർത്താവിന്റെ സമ്പത്തല്ല സന്തോഷത്തോടു കൂടെ അവിടെ വിട്ട് കളഞ്ഞാണ് ദാസ്യരൂപം എടുത്ത് ഇവിടെ നമുക്ക് വേണ്ടി ശാപഗ്രസ്ഥനായത് അപ്പൊ അതേ ആത്മാവാണ് നമ്മളുടെ അകത്തും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സങ്കടങ്ങൾ ഒന്നും ഇല്ലാതെ വരുവുള്ളൂ കാരണം നമുക്ക് ഇവിടെ സമ്പത്തില്ല ഈ ലോകം നമുക്ക് യോഗ്യമുള്ളതല്ല നമുക്ക് വെച്ചിരിക്കുന്നത് എന്താണ് ക്ഷയം മാലിന്യം ആട്ടം എന്നിവ ഇല്ലാത്ത ഒരു അവകാശം സ്വർഗത്തിലാണ് നമുക്ക് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അതിനു നമ്മളെ ദൈവശക്തിയാൽ സൂക്ഷിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ആ അതിന് ദൈവം നമുക്ക് ശക്തി തരട്ടെ നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ് എല്ലാ കാലത്തും ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ദൈവമായിട്ടുള്ള കൂട്ടായ്മ വിട്ട് അന്യതാ ഉപദേശിക്കുന്നവരുടെ പുറകെ പോയി കഴിഞ്ഞാല് നമ്മൾ പല ഇതിൽ ഒഴുകിപ്പോകും ഏറ്റവും അവസാനം നമുക്ക് പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് പുത്രൻ വഴി പറഞ്ഞ ആ ഇത്ര വലിയ രക്ഷ നഷ്ടപ്പെടുകയും ദൈവം മുമ്പാകെ വെറും ഘോഷന്മാരായി ആ കർത്താവിൻ്റെ രണ്ടാം വരവിൽ നിൽക്കുകയും ഏർ കരച്ചിലും പല്ലുകടിയും ഇതെല്ലാം അവിടെ സന്തോഷം എൻ്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാന്ന് പറയാൻ നേരം വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരും വലിയ പൈസ ഇല്ലാത്തവരും ലോകത്തിൽ വലിയ മാനം ഇല്ലാത്തവരും അങ്ങോട്ട് കയറി ആ പിതാവിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കാൻ നേരം ഈ ചപ്പിലെല്ലാം പുറകെ പോയി ഏർ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു യാക്കോബ് പറയുന്നത് പൈസ സമ്പത്തുള്ളവരെ നിങ്ങൾ കരഞ്ഞ് മുറവിളിക്കുന്ന പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഈ സമ്പത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആ പൂ വാടിപ്പോടിപ്പോന്നാ പറയുന്നത് എന്നാൽ പൈസ ഇല്ലാത്തവൻ എന്ത് ചെയ്യണം തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കാനാ പറയുന്നത് എന്താണ് ഉയർച്ച ക്രിസ്തുവിനോടുകൂടെ ഉയർത്തി നമ്മളെ ആ സ്വർഗീയ തലത്തിൽ ഇരുത്തിയിരിക്കുന്നു ഇനി നമ്മൾ ആ ഉയർത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഉയർത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരം എഫ് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ മഹിമാദനം കാണാത്തതും ആയിട്ടുള്ള ആത്മീയ അനുഭവങ്ങൾ ആ മഹിമാദനം നമ്മളില് പ്രവർത്തിക്കുകയും നമ്മൾക്ക് വേറെയുള്ള ആൾക്കാരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ആ വിളിയുടെ ആശ ഇന്നു മനസ്സിലാക്കി അവരെ ക്രിസ്തു കൊണ്ടുവരാൻ പറ്റുകയും ഈ നിങ്ങളല്ലോ ഞങ്ങളുടെ കിരീടം എന്ന് പോലൂസ് പറയുന്നുണ്ട് നമ്മള് കർത്താവിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ നേരം നമ്മളാൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഈ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷപെട്ട് അനേകം പേരവിടെ തേജസ്സുള്ള പുത്രന്മാരായിട്ട് നിൽക്കുന്നതാ കാണുന്നതാണ് നമ്മുടെ കിരീടം അപ്പൊ ആ ഒരു സന്തോഷമാണ് എന്ന് എപ്പോഴും നമുക്ക് നിത്യമായ സന്തോഷം തരുള്ളൂ ആ സന്തോഷം പിതാവിന്റെ സന്തോഷത്തോടെ കയറാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ